കച്ചിത് വനോദ വ്രത സമുദായ വയസ്സോധയൻ ശൃംഗർണ ചുണോ വിനിർ വത്സപുരസ്വരുഹരി ഗോകുലത്തിൽ നിന്നും ഗോപന്മാരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു വൃന്ദാവനത്തിൽ എത്തിയപ്പോ വൃന്ദാവനം അതീവ രമ്യമായ സ്ഥലം വൃന്ദാവനത്തിലേക്ക് വരുമ്പോ തന്നെ വരുന്നതിനു മുമ്പ് ഭഗവാൻ ഭഗാസുരനെ വധിച്ചു പ്രരാമസ്വാമി വത്സാസുരനെ വധിച്ചു വൃന്ദാവനത്തിൽ അതീവ രമ്യമായ പ്രദേശം വൃന്ദാവനം ഗോവർദ്ധന പർവ്വതം കാളിന്തി നദി ഗോപകുട്ടികൾക്ക് കളിക്കാനുള്ള വിസ്താരമായ സ്ഥലം പശുക്കൾക്ക് മേയാൻ പുല്ലും മറ്റുമൊക്കെ ധാരാളം അതുകൊണ്ടാണ് വൃന്ദാവനത്തിലേക്ക് എല്ലാരും മാറി താമസിച്ചു അവർക്ക് മാറി താമസിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അവരുടെ വീടുകളൊക്കെ എന്താ മുളയും പുല്ലും വൈക്കോലും ഒക്കെയാണ് എളുപ്പത്തിലെടുത്ത് മാറ്റാവുന്നതാണ് അങ്ങനെ ഗോപന്മാര് വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു അവിടെ കുട്ടികളെ രസിച്ച് കളിച്ചു അരാള മാർഗാഗത നിർമ്മലാപം മരാള കൂജാകൃത നിർമ്മലാപം നിരന്തരസ്മേര സരോജക്രം കളി കന്യാം സമലോകയസ്വം വളഞ്ഞു വളഞ്ഞു ഒഴുകുന്നവളും തെളിഞ്ഞ ജലത്തോടുകൂടിയവളും അരേനങ്ങൾ കൂജനം ചെയ്തുകൊണ്ട് അരേണ്യങ്ങൾ ഒഴുകി നടക്കുന്നതും അയാ കാളിന്തി നദിയെ ഭഗവാൻ കണ്ടു മയൂരകേക്കാശതലോഭനീയം മയൂകമാലാശളം മണീനം വിരിഞ്ച ലോകസ്പൃശമുച്ച ശൃംഗൈ ഗിരിഞ്ച ഗോവർദ്ധനമൈക്ഷതസ്വം അങ്ങനെ ആകാശം മുട്ടി ബ്രഹ്മാവിന്റെ ലോകത്തിനെ സ്പർശിക്കുമാർ എന്ന പോലെ നിൽക്കുന്ന ഗോവർദ്ധന ഭഗവാൻ കണ്ടു അതിൽ ധാരാളം മയിലുകളും കുയിലുകളുമൊക്കെ കേകാരവം ഉതിർക്കുന്നതിനാൽ സ്പൃഹണീയമായിട്ടുള്ള തോന്നുന്ന മയിലുകളെ കൊണ്ട് നിറഞ്ഞ ആ ഗോവർദ്ധന സമം തോ ഗോപകുമാര കൈസ്തും സമം തോ എത്ര വനാന്തമാകാ ഒരു ദിവസം രാവിലെ ഭഗവാൻ കുട്ടികളോടൊക്കെ പറഞ്ഞു നമുക്ക് രാവിലെ കാട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം എല്ലാരും അവരവരുടെ വീട്ടിൽ നിന്ന് എന്താന്ന് കിട്ടാന്ന് വെച്ചാ എടുത്തോളാം അങ്ങനെ അവര് കാട്ടിലേക്ക് എത്തി ഒരു ദിവസം അങ്ങനെ കാട്ടിലെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വന്നു ഈ അകാസുരന് യും ബഗാസുരനെയും ഭഗവാൻ വധിച്ചത് അറിഞ്ഞ ബഗാസുരന്റെ സഹോദരനായ അകൻ അകൻ എന്ന് വെച്ച പാപം എന്നർത്ഥം പാപമേ രൂപം പൂണ്ടുവന്ന ഒരു പാമ്പ് ആ പാമ്പ് ഒരു വലിയ ഗുഹ പോലെ വായും പൊളിച്ച് വൃന്ദാവനത്തിൽ ഒരു ഒരു സ്ഥലത്ത് കിടക്കുകയാണ് കുട്ടികൾ കണ്ണുകെട്ടി കളിക്കുകയാണ് കൃഷ്ണൻ കണ്ണടച്ചു കുട്ടികളൊക്കെ എവിടെയാ ഒളിഞ്ഞിരിക്കാൻ ഒരു സ്ഥലം എന്ന് അന് അന്വേഷിച്ച് അന്വേഷിച്ച് തന്നപ്പോ കുട്ടികൾ പറഞ്ഞു ഇതാ വലിയൊരു ഗുഹ നമുക്ക് ഈ ഗുഹയ്ക്കകത്ത് ചെന്ന് ഒളിക്കാം എന്ന് കുട്ടികൾ പറഞ്ഞു അപ്പോ ഒരാള് പറഞ്ഞു ഇത് ഗുഹയല്ലാടാ പാമ്പാണ് രണ്ടില്ലേ നീളമായിട്ട് കിടക്കണോ വായില് പല്ല് കണ്ടില്ലേ ഏ പാമ്പൊന്നുമല്ല പാമ്പുപോലെയുള്ള ഗുഹ പാമ്പു പോലെയുള്ള മല വേറൊരിത്തം പറഞ്ഞു അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ പുക പുകയായിട്ട് വരണത് നോക്കൂ ചൂട് അത് പാമ്പിന്റെ നാക്കിന്റെ വായുടെ ഉള്ളിൽ നിന്നുള്ള ചൂടാണ് ഏ അത് ഗുഹയുടെ ഉള്ളിൽ കാട്ടു തീ എരിഞ്ഞത് കൊണ്ടുള്ള ചൂടാണ് ഇങ്ങനെ പല വിധത്തിലും യുക്തി വിചാരം ചെയ്ത് കുട്ടികളെ അതിന്റെ വായുടെ അകത്തേക്ക് കയറി അങ്ങനെ അതിനകത്ത് കയറിയപ്പോ അവൻ വായടച്ചില്ല പശുക്കളെയും കൊണ്ട് കയറി ഭഗവാൻ വരാനായിട്ട് കൃഷ്ണൻ വരുന്നതിന് മുമ്പ് വായടച്ചാൽ കൃഷ്ണനെ കിട്ടില്ല അതുകൊണ്ട് വായും തുറന്നിരുന്നു ഭഗവാൻ വന്നപ്പോ ഈ കുട്ടികളൊക്കെ അഖാസുരന്റെ ഉള്ളിൽ കയറി എന്ന് മനസിലായി കൃഷ്ണൻ കണ്ണടച്ചാൽ എന്തു ചെയ്യും അഖത്തിന്റെ ഉള്ളിൽ പ്രവേശം പാപത്തിന്റെ ഉള്ളിൽ പ്രവേശം നേർത്ഥം ഭഗവാൻ വന്നു നോക്കി പുറത്തുനിന്ന് ഈ പാമ്പിനെ വധിച്ചാലോ ഉള്ളിലുള്ള കുട്ടികൾക്കൊക്കെ ആപത്ത് അതുകൊണ്ട് ഭഗവാനും ഉള്ളിലേക്ക് കടന്നു ഉള്ളിലേക്ക് കടന്നു ഉള്ളിൽ കടന്നതും ഇവൻ വായടച്ചു ഭഗവാനെ മിഴുങ്ങി വായടച്ചു ഭഗവാൻ അകത്ത് ചെന്ന് ഇവനെ കീറിക്കൊണ്ട് പുറത്തു വന്നു ഇവന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറപ്പെട്ട് കൃഷ്ണനെ ലയിച്ചു പാപത്തിനെ മോക്ഷം പാപത്തിന് മോക്ഷം കിട്ടുമോ എന്ന് വെച്ചാൽ ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു സകൃത് യംഗപ്രതിമന്തരാഹിത മനോമയീ ഭാഗവതിയും ഏതൊരു ഭഗവാന്റെ പ്രതിമയിൽ ഭഗവാനെ ഉപാസിച്ചാൽ തന്നെ മനോമയായ പ്രതിമയിൽ ഭഗവാനെ ഉപാസിച്ചാൽ തന്നെ പരമഭാഗവതന്മാരുടെ ഗതി കിട്ടുമോ അങ്ങനെ ഇരിക്കുന്ന നിത്യാത്മ സുഖാനുഭൂതി ആയിട്ടുള്ള ഭഗവാൻ ആ ഭഗവാനെയെ ഇവൻ മെഴുങ്ങി അപ്പൊ ഇവന് മുക്തി കിട്ടാതെ വേറെ എന്താ ഒന്നിൽ ഗുരുവായൂരപ്പൻ നമ്മളെ മെഴുങ്ങണം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ നമ്മൾ മെഴുകണം രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കണം നേത്രൈഹി ശ്രോത്രേശ്ശീത്വ ഇവ ഗുരുവായൂരപ്പനെ മെഴുങ്ങി ഭഗവാനെ സ്വാമിയെ മെഴുകണം ചില സ്വാമിയുടെ സ്വത്ത് മെഴുകും അത് സ്വാമിയെ തന്നെ മുഴുകണം നിത്യ സുഖാനുഭുത്യ ഭഗവാനെങ്കട മെഴുങ്ങിട്ടില്ല അപ്പോ ഭഗവാൻ ഞങ്ങളുടെ ഉള്ളിലെത്തിയവ സയേവനിത്യാത്മ സുഖാനുഭൂത്യുദമായോ അന്തർഗോഹിക്കും പുന അങ്ങനെ ഭഗവാൻ ഈ അകത്തിനെ പാമ്പിനെ വധിച്ചു ഈ പാമ്പിനെ കൊന്ന കഥ ഗോപകുട്ടികള് ഒരു വർഷം കഴിഞ്ഞ് അവരവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞത്രേ അപ്പൊ പരീക്ഷിച്ച് ചോദിച്ചു ഭഗവാനെ എന്താ ഒരു പാമ്പിനെ കൊന്ന കഥ പറയാൻ ഒരു വർഷമോ അപ്പൊ അതിന്റെ നടുവിൽ എന്ത് സംഭവിച്ചു അപ്പോ ഈ ചോദ്യം ചോദിച്ചപ്പോഴേ ശ്രീശുഖബ്രഹ്മ മഹർഷി അഗാധമായി സമാധിയില് ലയിച്ചു ഇത്തു ബാധരാഖിലേന്ദ്രഹൃത അഖില ഇന്ദ്രിയ അതായത് അനന്തനെ സ്മരണ വന്നു ഭഗവാന് ഒരു പേര് അച്യുതൻ അനന്തൻ എന്നൊക്കെ അനന്തൻ എന്ന് കടക്കുന്ന വസ്തു പരീക്ഷി ബ്രഹ്മജ്ഞാനികളുടെ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാമകൃഷ്ണപരമവംസർ പറയും വളരെ കഷ്ടപ്പെട്ട് ലോകത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അവർ അതിനൊരു ഉദാഹരണം രാമകൃഷ്ണപരമവംശർ പറയും ഒരിക്കൽ ഗംഗക്കരയിൽ ദക്ഷിണേശ്വരത്ത് പടിയിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ ഒരു കുട്ടി കുളിക്കാൻ വന്ന ഒരു കുട്ടി ഒരു കൊച്ചു മീനിനെ പിടിച്ചൊരു പാത്രത്തിൽ വെള്ളത്തിലാക്കി എന്നിട്ട് ഗംഗയുടെ ആ പടിയിൽ വെച്ചു രാമകൃഷ്ണ പരമഹംസൻ ആ പടിയിലിരിക്കാണ് അപ്പൊ ആ കുടത്തിന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ ഉള്ളിലുള്ള മീനിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ കുടം ആ കുടത്തിന്റെ ഉള്ളിൽ വെള്ളം അതിന്റെ ഉള്ളിലുള്ള മീൻ ഇങ്ങനെ തുള്ള തുള്ളി തുള്ളി തുള്ളി തുള്ളി രണ്ടു മൂന്ന് പ്രാവശ്യം തുള്ളി അറ്റം വരെ വന്നു പിന്നെയും തുള്ളി എന്നിട്ട് പിന്നെ അവസാനം ഒരു ചാട്ടൻ ചാടി ആ കുടത്തിനുള്ളിൽ നിന്ന് നേരെ ഗംഗയുടെ ഉള്ളിലേക്ക് വീണു അതിന് തിരിച്ചു കിട്ടുവോ ഇനി ഇത് കണ്ട ഉടനെ രാമകൃഷ്ണദേവൻ അങ്ങനെ സമാധിയില് ലയിച്ചു ശരീരമാവുന്ന കുടത്തില് മനസ്സാവുന്ന മീന് ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളി ജീവാത്മാവ് ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളി അനന്തമായ സമുദ്രത്തിലേക്ക് വീണാ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലേ അതുപോലെയാണ് ജീവൻമുക്തന്മാരുടെ സ്ഥിതി എന്നാണ് എപ്പൊ വേണെങ്കിലും ഇത് അനന്തത്തിൽ ലയിക്കാം ഇവിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോ അനന്തസ്മാരിത ഹൃദ അഖില ഇന്ദ്രിയ അനന്തമായ വസ്തുവിനെ ശ്രീശുഖബ്രഹ്മ മഹർഷി എപ്പോഴുമേ അതിലാണ് ഇരിക്കുന്നത് കഷ്ടിച്ച് ശരീരത്തിൽ നിൽക്കണു ഈ ചോദ്യം ചോദിച്ച ഉടനെ തത് സ്മാരിതാനന്തഹൃത തത് സ്മാരിതാനന്ദഹൃത അഖിലേന്ദ്രിയ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിച്ചു സമാധിയിലിരുന്നു വളരെ നേരത്തിന് ശേഷം കൃച്ചിരാത് പുനർലബ്ധ ബഹിർദൃശിഹി വളരെ വിഷമിച്ച് ആ ഭഗവാൻ ഭഗവത് അനുഭൂതിയിൽ നിന്ന് പുറത്തുവന്നു ഭഗവത് അനുഭൂതി എന്നൊരു ഗർത്തം അതിൽ പോയാ പുറത്തു വരുന്നത് മഹാവശം ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം ഒരു പടുകുഴിയാണ് ഭഗവാൻ ആ ഭഗവാനാവുന്ന പടുകുഴിയിൽ വീണാ എഴുന്നേക്കാൻ പറ്റില്ല പുറത്തു വരാൻ പറ്റില്ല ഞാനെന്തോ പടുകുഴിയും ചീത്ത അവരോടൊന്നും വിചാരിക്കേണ്ട സാക്ഷാത് ഭീഷ്മര മഹാഭാരതത്തിൽ ഭഗവാനെ പടുകുഴി എന്ന് വിളിച്ചു നമ്മൾ ദിവസം രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മഹാകർത്തഹാന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു പേര് മഹാകർത്തഹാന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേര് മഹാഗർത്തം എന്ന് വെച്ചാ പടുകുഴിന്നർത്ഥം നല്ല ആഴമുള്ള കുഴി അതിനകത്ത് വീണ് കഴിഞ്ഞാ എടുക്കണത് മഹാകഷ്ടം ഭഗവാൻ ഗുരുവായൂരപ്പൻ ഒരു പടുകുഴിയാണത്ര ഒരിക്കൽ കണ്ടു ഗുരുവായൂരപ്പനിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരുന്നത് കഷ്ടം പറ്റില്ല എന്നാണ് അപ്പോ ശ്രീശുഖബ്രഹ്മ മഹർഷി അതിലേക്ക് അങ്ങോട്ട് ലയിച്ചു ഡോക്ടർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ് ഡൽഹിയിലെ രമണ മഹർഷിയുടെ വലിയ ഭക്തനായിരുന്നു മഹാത്മാഗാന്ധിയുടെ കൂടെയൊക്കെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിനടുത്ത് ഒരിക്കൽ മഹർഷിയെ ആദ്യമായി കണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മഹർഷിയെ കാണാൻ ഊട്ടിയിലോ മറ്റോ ജോലിയായിരിക്കുമ്പോ മഹർഷിയെ കാണാൻ പുറപ്പെട്ടപ്പോ രമണ മഹർഷിയെ കാണണം അതിന് പോവാണ് എന്ന് ഒരാ ഒരു പണ്ഡിതനോട് ഒരു ഭക്തനോട് പറഞ്ഞു അത്രേ ആ ഭക്തൻ പറഞ്ഞു ഊട്ടിയില് ഈ ദൊഡബെഡ അവിടെ മേലെ ആ സ്ഥലം അവിടുന്ന് ചോട്ടിലേക്ക് നോക്കുമ്പോ വളരെ ഡേഞ്ചറസ് ആണ് അവിടുന്ന് ചോട്ടൽ വീണാൽ ചോട്ടൽ വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടുപ്പിൽ കയറ് കെട്ടിയിട്ട് പുറകെ എവിടെയെങ്കിലും ആരുടെ അടുത്തെങ്കിലും ഒരു നാലുപേരുടെ കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ട് വേണേൽ അത്യം നോക്കാൻ എന്നാണ് അപ്പൊ അതുപോലെ വാശിയെ കാണാൻ പോണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനോട് മറ്റേ ആ പണ്ഡിതം പറഞ്ഞത്രയും ഒരു നാലഞ്ചു പേരെയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം ബന്ധുക്കളായിട്ടുള്ളവര് എന്താന്ന് വെച്ചാൽ ഈ പിടിച്ച് വലിക്കാനാരെങ്കിലും ഒക്കെ വേണം പാശം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ പോയാൽ അദ്ദേഹം ഒരു മഹാഗർത്തമാണ് അതിൽ വീണു പോവും വീണു പോയാ എടുക്കാൻ പറ്റില്ല വളരെ ഉയർന്ന് ഹൈറ്റ് ആഴത്തിലേക്ക് നോക്കണ പോലെയാണ് അപ്പോ അതുപോലെ ഇവിടെ ശ്രീശുഖബ്രഹ്മ മഹർഷി ഭഗവാന്റെ വൈഭവത്തിനെ ചിന്തിച്ച് അനന്തതയിൽ ലയിച്ചുപോയി വളരെ നേരത്തിന് ശേഷം ഉണർന്നു എന്താ എന്തു സ്മരണയാ വന്നതെന്ന് ഇവര് കുട്ടികൾ കാട്ടിൽ ചെന്ന് കളിക്കണം കളിച്ച് രസിക്കുമ്പോ നമ്മുടെ ബ്രഹ്മാജി അദ്ദേഹത്തിന് ഭഗവാന്റെ വൈഭവം ഒന്ന് കാണണം എന്ന് വൈകുണ്ഠത്തിൽ നിന്നും ഭൂമിയിലേക്ക് പോയിരിക്കുന്ന ശ്രീകൃഷ്ണൻ അവിടെ എന്ത് ചെയ്യണോന്ന് നോക്കാം വൈകുണ്ഠത്തിൽ ബ്രഹ്മാവ് കാണാൻ പോയിട്ടുണ്ടേ അപ്പൊ വൈകുണ്ഠത്തില് ബ്രഹ്മാവും ദേവതകളും കാണാൻ പോകുമ്പോ പലപ്പോഴും കാണാനേ പറ്റില്ല സനകസനാദി സനന്ദനാദികൾ പോയിട്ടേ ജയവിജയന്മാർ ഓടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ഈ ദേവതകളൊക്കെ സാധാരണ പോയാൽ വൈകുണ്ഠത്തില് ഒരു ടോക്കൺ എടുക്കണം ജയവിജയന്മാരുടെ അനുമതി ചോദിക്കണം അകത്ത് പോയാൽ ചിലപ്പോ ഗിരം സമാധോ ഗഗനെ സമീരിത്താം കൃഷ്ണാവതാരത്തിനായിട്ട് യാചിക്കാൻ പോയപ്പോ തന്നെ ആകാശമാണ് ഈ കേട്ടത് കണ്ടില്ല എന്നാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഭഗവാൻ ഈ ഭൂമിയിൽ പോയിട്ട് എങ്ങനെയാണ് അവതരിച്ചിട്ട് എങ്ങനെ കാര്യം ചെയ്യണമെന്ന് നോക്കാലോ എന്ന് അവിടുന്ന് നോക്കുകയാണ് അന്യാവതാര നികേഷ്വനിരീക്ഷിതം തേ ൂമാതിരേക്കമഭിക്ഷ്യ തദാഘമോക്ഷേം ബ്രഹ്മാ പരീക്ഷിതുമോക്ഷഭാവം നിന്നേതവത്സകണാൻ പ്രവിതത്യമായാം ബ്രഹ്മാവ് ആകാശത്ത് നിന്നും നോക്കി വിഷ്ണു എങ്ങനെയുണ്ട് നോക്കാം ഭൂമിയിൽ ചെന്ന് അവതരിച്ചിട്ട് എന്താ ചെയ്യണത് നോക്കാം എന്നാ അവിടുന്ന് നോക്കിയപ്പോ അവിടെ കണ്ടു ഒരു വശത്ത് ശ്രീധാമാവ് ഒരു വശത്ത് സുധാമ ഇവരുടെയൊക്കെ നടുവിലിരുന്ന് അവരുടെ തോളില് കൈയിട്ട് അവലും തൈരും ചോറും കടകുമാങ്ങയും മധുരപലഹാരങ്ങളും വാഴപ്പഴവും മറ്റുമൊക്കെ കുറെ കുരങ്ങന്മാരും എടുത്തിരിക്കുന്നുണ്ട് ഒരൊന്നിന്റെയും തോളില് കൈയിട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നു ബർഹ അവിടെ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ബിബ്രദ് വേണും ചട്ടരപടയോഹം ശൃവേത്രേ ചേ വാ പാണോ മസൃകളും തത്ഫലി അംഗുലീഷ തിഷന് മധ്യേ സ്വരിസുഹൃദോ ഹാസയസ്വൈ സ്വർഗേലോകെ മിഷതി ബുഭുജേ യുക് ബാളകേി യജ്ഞ ബുക്കായിട്ടുള്ള ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു ആകാശത്തുന്നു എന്താ കണ്ടതെന്ന് വെച്ചാൽ ബിഭ്രത് വേണു ജടയോ കക്ഷേ ചൂരൽ കക്ഷത്തിൽ വെച്ച് ഇടുപ്പില് പുല്ലാങ്കുഴൽ വെച്ച് തലയ്ക്ക് മയിൽപീലി വെച്ച് ഇടത് കൈയിൽ കഴിക്കാനുള്ള ഭക്ഷണം വെച്ച് വരലുകൾക്കിടയിൽ അതിന് തൊട്ടുകൂട്ടാനുള്ള ഊറ് അച്ചാറോ മറ്റോ വെച്ചിട്ടുണ്ട് പളം തദ് അങ്കുലീഷു വരലുകൾക്കിടയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും എന്നിട്ടോ ഒരാളുടെ തോളില് കൈയ്യെട്ട് എന്തോ വർത്തമാനം ഹാസ്യൻസ്വൈഹി എന്താ വർത്തമാനം പറയണത് ബ്രഹ്മ ആകാശത്ത് നോക്കി അയ്യേ ഇതാണോ മഹാവിഷ്ണു എത്ര സുലഭം യാതൊരു ഗൗരവവും ഇല്ല വിഷ്ണു സഹസ്രനാമത്തിലെ മറ്റൊരു പേര് സുലഭസുഹൃത സിദ്ധ ശത്രുജിത് ശത്രുതാപന സൗലഭ്യം സുലഭമായിട്ട് കിട്ടിയിരിക്കണം അപ്പൊ എന്തോ പറയണു അപ്പൊ എന്താണോ പറയണത് ബ്രഹ്മാവ് ആലോചിച്ചു നോക്കാം ശ്രദ്ധിച്ചു കേട്ടു എന്തെങ്കിലും വളരെ ഉയർന്ന കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കൊടുക്കായിരിക്കും ഇവരൊക്കെ ചിരിക്കണമുണ്ടോ കുട്ടികൾ അടുത്തു നോക്കുമ്പോ ഡാ ശ്രീതാമ്പാവേ ആ ഗോപികണ്ടല്ലോ ആ തടിച്ച സ്ത്രീ നമ്മള് ചോദിച്ച വെണ്ണയെ തല്ലിയ അവരുടെ വീട്ടില് അവള് ഇന്നലെ പോയപ്പോ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് നല്ല നീളത്തിൽ തലമുടിയുണ്ട് ആ തലമുടിയും ഉള്ള ഭർത്താവിന്റെ താടിയും കൂടെ രാത്രി കിടക്കുമ്പോ കട്ടിൽ കൂട്ടി കെട്ടിയിട്ട് വന്നു അവര് രണ്ടുപേരും കൂടെ അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് അതും കൊണ്ടുവന്നു ആ താടിയും തലയും കെട്ടിയതും കൊണ്ട് വന്ന് യശോദയാമ്മയുടെ അടുത്ത് വന്ന് കംപ്ലൈന്റോ കംപ്ലയിന്റ് ഈ കംപ്ലൈന്റൊക്കെ പറഞ്ഞിട്ട് യശോദ അമ്മ ചോദിച്ചു എന്തിനാപ്പത്രയൊക്കെ മെനക്കെട്ട് ഈ താടി വേദനിച്ച് തലമുടി വലിച്ചുകൊണ്ട് നാട്ടിൽ അവനോ കെട്ടിയിട്ട് പോയി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നാലുപേരറിയില്ല ഇത് സ്ട്രീറ്റിലൂടെ ഇതിനെയും വലിച്ചോണ്ട് ഇത്രയും ദൂരം തെരുവിലൂടെ നടന്നു വരണോ എന്ന് ചോദിച്ചു യശോദ അത് പറഞ്ഞു ഇപ്പൊ അതാണ് പ്രശ്നം അഴിക്കാൻ പറ്റണില്ലാന്നാണ് ഇവ എന്ത് കെട്ട് കെട്ടിയോ അറിയണില്ല അവൻ കെട്ടിയോ കെട്ട് അവൻ തന്നെ അഴിക്കണോ അഴിക്കാൻ പറ്റണില്ല ബ്രഹ്മാവിനെ ചിരി വന്നു പോയി ഞാൻ ഹാസകൻ നർമ്മിസ്വൈഹി ബ്രഹ്മാവ് ആലോചിച്ചു ഒന്ന് ഭഗവാന്റെ വൈഭവം ഒന്ന് കാണണം അപ്പൊ ഭഗവാന്റെ വൈഭവം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ഇവര് കളിക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും കണ്ണ് കെട്ടി കൃഷ്ണൻ കുട്ടികളെ ഗോപകുട്ടികളൊക്കെ ഒളിക്കാൻ പോയ കുട്ടികളെയൊക്കെ പിടിച്ചൊരു ഗുഹയിലിട്ടാക്കി അടച്ചു അദ്ദേഹത്തിന്റെ ജോലിയെ ഗുഹയിലടയ്ക്കലാണ് അപ്പൊ അത് എളുപ്പ പണി ഒരു ജന്മം കഴിഞ്ഞാൽ ഇനിയൊരു ഗുഹയിലടയ്ക്കും അത് കഴിഞ്ഞാൽ ഇനിയൊരു ഗുഹയിൽ അടയ്ക്കും അതേ പണിയാണ് അദ്ദേഹത്തിന് ഈ ഗുഹയിലടച്ചിട്ടേ പഴ അഴക്കും കുട്ടികളെയൊക്കെ പിടിച്ച് ഗുഹയിലടച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പശു കുട്ടികളെയും പിടിച്ച് ഗുഹയിലടച്ചു അപ്പൊ ഭഗവാൻ നോക്കി ആരെയും കാണാനില്ല ഭഗവാന് മനസ്സിലായി ബ്രഹ്മാവിന്റെ അടുത്ത് പെട്ടിരിക്കും രണ്ടില്ലേ കൃഷ്ണൻ കണ്ണു കെട്ടിയാൽ ഒന്നിൽ അകത്തിന്റെ അടുത്ത് പാപത്തിന്റെ അടുത്ത് പെടും അല്ലെങ്കിലോ ബ്രഹ്മാവിന്റെ അടുത്ത് പെടും ഒന്നില് പുനരഭി ജനനം അല്ലെങ്കിൽ പാപം ജനനം പാപം ഇതിന്റെ രണ്ടിനെയും നടുവിൽ കൊടുങ്ങും ഭഗവാൻ കണ്ണുകെട്ടുമ്പോൾ ബ്രഹ്മാവ് ഈ ഗുഹയിൽ കൊണ്ടുപോയി എല്ലാം അടച്ചപ്പോ ഭഗവാൻ തീരുമാനിച്ചു ബ്രഹ്മാവിനെ ഒന്ന് സന്തോഷിപ്പിക്കണം അവൻ മഹാബോറൻ പണി ചെയ്തോണ്ടിരിക്കും ബോറൻ പണി അദ്ദേഹത്തിന്റെ യാത്ര ഇങ്ങനെയും ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി വിടാം അപ്പൊ അദ്ദേഹത്തിന് ഒരു എന്റർടൈൻമെന്റ് ഇല്ല ഉണ്ടാക്കി വിടണത് ഒന്നും ശരിയാവണില്ല വയസ്സായി വയസ്സായി വന്നിട്ട് ഒരു ദിവസം നാരദ മഹർഷി പറഞ്ഞപ്പൊ നാരദ മഹർഷി ചോദിച്ചു അത്ര അച്ഛ എങ്ങനെയിരിക്കണു ഒന്നും പറയണ്ട അപ്പൊ ഞാൻ വളരെ വിഷമത്തിലിരിക്കുകയാണ് അപ്പൊ വയസ്സുമായിരിക്കുന്നു കണ്ണും ശരിക്കും കാണണില്ല കൊറേ എണ്ണത്തിന് ഉണ്ടാക്കി വിട്ടപ്പ ഉള്ളിൽ ചിലതൊക്കെ വെക്കാൻ വിട്ടുപോയി അപ്പൊ അവരൊക്കെ ഭൂമിയിൽ പോയിട്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ടോ ആവോ എത്ര ബുദ്ധിമുട്ടുന്നുണ്ടോ ആവോ ദുഃഖിക്കുന്നുണ്ടാവോ അതുകൊണ്ട് നാരദ വന്നു പോയി നോക്കിട്ട് വരുമെന്ന് പറഞ്ഞു അത്രേ നാരദ മഹർഷി അച്ഛനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഒന്ന് നോക്കിട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇനിയുള്ളതൊക്കെ അങ്ങനെ മതി കാരണം ഏറ്റവും സുഖമായിരിക്കുന്നവരവരാണ് അവരൊക്കെ അങ്ങനെ രാഷ്ട്രീയക്കാരായി ലോകോപകം ചെയ്തുകൊണ്ട് തലപ്പലരി ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയവരാണ് പാവം ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്ത ജോലിയാണ് അദ്ദേഹത്തിനെ ബോറടിച്ചു പോയി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്ക അപ്പൊ എല്ലാത്തിനെയും ഗുഹയിലിട്ട് അടച്ചുവെച്ചിരിക്കുന്നു ഭഗവാൻ ആലോചിച്ചു ബ്രഹ്മാവിനെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്താപ്പോ വഴി അതിന് യാവത്വത്സപ വത്സ കാൽപകുഹൂ യത്കരം യാവിവിഷാണ വേണുദളശി യാവ് വിഭൂഷാബരം യാവശീലഗുണാഭിതാകൃതി വയ്യാവത് വിഹാരാദിക യ ഗിരോദസ്വ ഭഗവാൻ സ്വയമേ തന്റെ ഈശ്വരത്വം അവിടെ കാണിച്ചു വത്സിതുഗോമഗണായം ശിഖ്യഭമുരളീഗണിപ്പാഗ ഗോപഗണായുത ശിക്യാദി ഭാണ്ട മുരളി ഗവളാദിൂപം വിചിന്ദേഗ്വത് ചിരാ വിഹൃത്യ എല്ലാം ഭഗവാൻ സ്വയമേവ ആയി എന്നാണ് ഒരു കടാവ് അത് ചുവന്ന നിറമാണെങ്കിൽ ആ ചുവന്ന നിറം ഇവർക്കൊക്കെ ഇപ്പോ വത്സകനായിതഹ വത്സമാണ് പശു വക്കളെ ഒന്നും കൊടുക്കണില്ല കൊച്ചുകുട്ടികളല്ലേ അപ്പൊ ആ പശുക്കുട്ടികളൊക്കെ സ്വയമേവായി തീർന്നു അതേപോലെ ഗോപബാലന്മാര് കറുത്തിട്ടുള്ള ഗോപക്കുട്ടിയാണെങ്കിൽ കറുത്തിട്ടുള്ള ഗോപക്കുട്ടി വെളുത്ത ഗോപകുട്ടിയാണെങ്കിൽ വെറുത്ത ഗോപക്കുട്ടി തടിയുണ്ടെങ്കിൽ തടിയുണ്ട് മെലിഞ്ഞിട്ടാണെങ്കിൽ മെലിഞ്ഞിട്ട് കൈയിൽ ഒരു ചൂരൽ വടി ഉണ്ടെങ്കിൽ ആ ചൂരൽ വടി ഭഗവാൻ താനേ ആയിത്തീർന്നു അവരുടെ കയ്യിൽ ഒരു ഭാണ്ഡമുണ്ടെങ്കിൽ ആ ഭാണ്ഡം താനേ ആയി തീർന്നു അതിനകത്ത് തൈരുംചോറ് താനെ ആയിട്ട് തീർന്നു ഭഗവാനെ തൈരുംചോറായിട്ട് തീർന്നു ഒരു ചുവന്ന മുണ്ട് തലയിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ആ ചുവന്ന മുണ്ടായിട്ട് തീർന്നു എന്നിട്ട് അവരുടെ കൂടെ കുറെ നേരം വിഹരിച്ചു എന്നിട്ട് അതാത് വീട്ടിൽ ചെന്ന് അതാത് തൊഴുത്തിൽ കൊണ്ട് കെട്ടി അതാത് അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തേക്കും പോയി അതാണ് ഈശ്വരത്വം പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞു ഈശ്വരൻ സൃഷ്ടി ചെയ്യുന്നതിനെ ഇവിടെ ഒരു മിനിയേച്ചർ ഫോം ഭഗവാൻ കാണിച്ചു സൃഷ്ടി ഇങ്ങനെയാണ് സർവം വിഷ്ണു മയം അതെങ്ങനെ സ്വപ്ന എന്ന പോലെ നമ്മളൊക്കെ ഇപ്പൊ സ്വപ്നത്തിൽ ചെയ്യും സ്വപ്നത്തിൽ ഇപ്പൊ ഞാൻ ഇവിടെ പ്രഭാഷണം നടക്കുന്നത് സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സൃഷ്ടിക്കും നിങ്ങളെ സൃഷ്ടിക്കും വെളുത്ത നിറമുള്ള ആള് വെളുത്ത നിറം പച്ച നിരമുള്ള പച്ച വസ്ത്രം കൊടുത്താള് പച്ച വസ്ത്രം ചുവപ്പ് വസ്ത്രം കൊടുത്താള് ചോപ്പ് വസ്ത്രം നീലവസ്ത്രം കൊടുത്താള് നീലവസ്ത്രം ആ വസ്ത്രമൊക്കെ ഞാൻ തന്നെ ആയിട്ട് തീരും കഴുത്തല് മാലയുണ്ടെങ്കിൽ ആ മാല ഞാൻ തന്നെ ആയിട്ട് തീരും കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി ഞാൻ തന്നെ ആയിട്ട് തീരും പുസ്തകം ഞാൻ തന്നെ ആയിട്ട് തീരും ഈ മേശ ഈ ഹാള് ഇവിടുത്തെ ഫാന് വിളക്ക് അതിലെ നാളം എന്നിട്ട് ചിരിക്കുന്നവര് ചിരിച്ചു കൊണ്ടിരിക്കും ഉറങ്ങുന്നവർ ഉറങ്ങിക്കൊണ്ടിരിക്കും സീരിയസ് ആയിട്ടുള്ളവർ സീരിയസ് ആയിട്ടിരിക്കും എല്ലാം ഞാനേ ആയിട്ട് തീരും അല്ലേ എല്ലാവരിലും പ്രവേശിച്ചിരിക്കും എന്നിട്ടോ ഒരു വശത്തിരുന്ന് പ്രഭാഷണം ചെയ്യും വേറൊരു വശത്ത് നിന്ന് പ്രഭാഷണം കേൾക്കും എന്നിട്ട് രണ്ടിനെയും കണ്ടുകൊണ്ടും ഇരിക്കും നോക്കുക സൃഷ്ടി നമ്മളൊക്കെ സൃഷ്ടി ചെയ്യണോ അപ്പൊ സ്വപ്നത്തിൽ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കുന്നത് ഇങ്ങനെ എന്നിട്ടോ സ്വപ്നത്തിൽ അതേപോലെ അവിദ്യയും ഉണ്ടാവും എന്താ അവിദ്യന്ന് വെച്ചാൽ ഇതൊന്നും ഞാനല്ല ഇത് മാത്രം ഞാൻ ഇപ്പൊ ഉള്ള പോലെ തന്നെ സ്വപ്നത്തില് ഈ കേൾക്കണവരൊക്കെ വേറെ അവർ എവിടുന്നോ വന്നിരിക്കണു ഈ പറയണ ആള് മാത്രം ഞാൻ എന്ന് സ്വപ്നത്തിൽ അതേ അവിദ്യ ഉണ്ടാവും വാസ്തവത്തിൽ കേൾക്കണവരും പറയണവരും ഒക്കെ എന്റെ സങ്കല്പമാണ് പക്ഷെ അവിടെ അജ്ഞാനം അതേപോലെ നിൽക്കും എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റാലോ അവിടെ പറയുന്ന ആളുമില്ല കേൾക്കുന്ന ആളുമില്ല പ്രഭാഷണവും ഇല്ല ഹാളുമില്ല നൈക്കൂല്ല പുസ്തകവും ഒന്നുമില്ല ഞാൻ മാത്രം അതാണ് ഏകമേവ അദ്വിതീയം ഏഹനാണ് ആസ്ഥി കിഞ്ചന ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഞാനാണ് അനേകമായിട്ട് തീർന്നത് സ്വപ്നത്തിന് ഇതേപോലെ സർവേശ്വരൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കണു എന്നുള്ളത് ഭഗവാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു ആ വീട്ടിലുള്ള അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ ഗോപകുട്ടികളോട് പ്രേമം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു വിഷ്ണുമയം പശുക്കിടാവിനോട് പശുവിന് പ്രേമം വർദ്ധിച്ച് വർദ്ധിച്ചു വരും ഇങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിന് കഷ്ടിച്ച് ഒന്ന് നോക്കാൻ തോന്നിയത് നമ്മളുടെ ഒരു വർഷം എന്ന് പറയണേ അദ്ദേഹത്തിന് അല്പനേരമേ ഉള്ളൂ അദ്ദേഹം വന്ന് നോക്കുമ്പോ എല്ലാം പഴയ പോലെ നടക്കണു ബ്രഹ്മാവ് വിചാരിച്ചു ഇപ്പൊ കുട്ടികളില്ലാതെ കൃഷ്ണൻ ഇവിടെ ഇല്ലാതെ അന്വേഷിച്ച് നടക്കുക എല്ലാം പഴയ പോലെ നടക്കണു ബ്രഹ്മാവിന് സംശയമായി ഗുഹയിൽ നോക്കിയാൽ ആ ഗുഹയില് കുട്ടികളൊക്കെ അതേപോലെ ഉണ്ട് അവർക്കൊന്നും അറിയണേയില്ല അപ്പോഴാണ് ബലരാമസ്വാമിക്കും ഏകദേശം അപ്പോഴാണ് തോന്നിയത് അദ്ദേഹത്തിനും കുറച്ച് ചിന്തിക്കാനുള്ള ശക്തി കുറവാണ് അദ്ദേഹം അപ്പോഴാണ് ചിന്തിച്ചത് പിന്നെ നോക്കുമ്പോണ്ട് എല്ലാം ചതുർഭുജരായി ശംഖചക്രധാരികളായി പീതാംബരധാരികളായി സർവം വിഷ്ണു മയും ഗിരോഗ ഗിരോംഗവതജ സർവസ്വരൂപോപഭവും ബ്രഹ്മാവിന് താൻ ഭഗവാനെ പരീക്ഷിച്ചുവല്ലോ എന്നും തോന്നി തന്റെ അബദ്ധം മനസ്സിലായി നാരായണാകൃതികളായിട്ട് എല്ലാരും തന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു മുമ്പില വന്നു ഭഗവാനെ തൊഴുതു നുന് നശ്യന്മദേ തദു വിശ്വപതി മുഹുസ്വ നൂതാരിധാമയാതേ പൊതൈസ് സമം പ്രമുദിതൈ പ്രവിശന് നികേതയാധിപ വിഭോ പരിപാരിഗാത് ഭഗവാ ബ്രഹ്മാവു സ്തുതിച്ചൂനൗമീഡ്യത്തെ അഭ്രവപുഷേ തടിദംബരാ ഗുഞ്ചാവതം സ പരിപിച്ഛലസന് മുഗാ വന്യസ്രജേ കപളവേത്ര വിഷാണവേണുലക്ഷ്മി മൃദുപത്തെ പശുപാംഗീകൃഷ്ണവൃഷ്ണുലുഷ് വൃഷ്ണുലപുഷ്ജോഷധാൻ സ്ത്രീകൃഷ്ണ വൃഷ്ണികുലപുഷ്കരജോഷധായിന്മാനിജപൂധിവൃദ്ധിഗാരിൻ ഉദ്ധർവർമ്മരഹരക്ഷിതിരാക്ഷുക് ഉദ്ധർമ്മിതിരാക്ഷസു ആകൽപ്പർക്കമർഹൻ ഭഗവ ഇങ്ങനെ ബ്രഹ്മാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു ബ്രഹ്മാവ് ഗോപന്മാരുടെ ഭാഗ്യത്തിനെ സ്തുതിച്ചുകൊണ്ട് തന്നെ പോയി അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രചൗഗസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം ഈ ഗോപന്മാരെ എത്ര ഭാഗ്യവാൻമാരാണ് പൂർണ്ണ ബ്രഹ്മവസ്തു ഇവരുടെ കൂടെ കളിച്ചു നടക്കണമല്ലോ എന്ന് ഗോപന്മാരുടെ ഭാഗ്യത്തിനെ സ്തുതിച്ചു തന്നെ പോയി അതിനുശേഷം യമുനാ തീരത്തിൽ കുട്ടികളും ഒക്കെ കൃഷ്ണനും എല്ലാരും കളിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പശുക്കള് മുനാജലം കുടിച്ച് പശുക്കൾ മയങ്ങി വീണു എല്ലാം മൂർച്ഛിച്ചു വീണു ഗോപാലന്മാരെല്ലാരും ജീവനറ്റ് വീണു അവിടെ അങ്ങനെ ഇരിക്കുമ്പോ സീരപാണിം മുക്തായാതെ ബലരാമനെ കൂട്ടാതെയാണ് പോയത് കാലേ തസ്മിന്നേക്കഥാം സീരപാണിം മുക്തായാതെ ബലരാമനെ കൂട്ടിക്കൊണ്ട് പോയില്ല എന്താന്ന് വെച്ചാൽ പാമ്പും പാമ്പും ഒരേ ജാതി വരണ്ട അതുകൊണ്ട് അദ്ദേഹത്തിന് കൂട്ടാതെയാണ് പോയത് ഇവിടെ പാമ്പിന്റെ കഥയാണ് അതുകൊണ്ട് അദ്ദേഹം ഇല്ലാതെയാണ് അങ്ങോട്ട് പോണത് അവിടെ ചെന്ന് കുട്ടികളെല്ലാം ഗോഗോപാലാവൻ തോയം ഈ വഷം കൊണ്ട് ദൂഷിതമായ വെള്ളം കുടിച്ചു നശ്യജീവാൻ വിച്ഛുതാൻ ജീവൻ പോയി എല്ലാം വെള്ളത്തിൽ വീണു അവിടെ കരയ്ക്ക് വീണു ഭഗവാൻ അടുത്ത് വന്ന് പീയൂഷാംഭോ വശ്യപി ഹി ശ്രീകടാക്ഷി അമൃതവർഷിയായ കടാക്ഷം കൊണ്ട് കുട്ടികളെയൊക്കെ ജീവിപ്പിച്ചു കുട്ടികൾക്കൊക്കെ രോമാഞ്ചമുണ്ടായി ആനന്ദമുണ്ടായി പരമാനന്ദ നിർവൃത്തി ഉണ്ടായി പശുക്കളും ജീവിച്ചു ഗാവശൈവം ലബ്ധജീവാക്ഷണേന സ്പീതാനന്ദ ദൃഷ്ട പുരസ്താവർഷാഷ്പം വ്യാമുഞ്ചന്യഹാമന്ദമുദ്യാദാ ഈ കാളിന്തി നദിയിൽ കാളിയൻ വന്ന് താമസിക്കുന്നു കാളിയന് ഇവിടെ വന്ന് താമസിക്കാൻ ധൈര്യം വന്നു കാരണം എന്താന്ന് വെച്ചാൽ അവിടെ പണ്ട് ഇപ്പോ ഗരുഡനെ പേടിച്ചിട്ടാണ് ഇവിടെ താമസം ഗരുഡൻ എവിടെ ചെന്നാലും ഗാളിയെന്നും ആയിട്ടൊന്നും ഉടക്കിയിട്ടുണ്ട് പക്ഷെ ഈ കാളിന്തി നദിയിലേക്ക് ഗരുഡം വരില്ല നവമസ്കന്ധത്തിൽ ഭാഗവതത്തിൽ ഈ കഥ വരണം സൗഭരി എന്ന് പറഞ്ഞൊരു മഹർഷി നമ്മള് ഒരു രണ്ടു ദിവസം മുമ്പ് പ്രഭാഷണത്തിൽ പറഞ്ഞു വാസന ഉള്ള മനസ്സിനെ എവിടെ കൊണ്ട് ഒളിച്ചു വെച്ചാലും ആ മനസ്സ് ചലിക്കും വാസനയില്ലാത്ത മനസ്സ് സരളമായ ഭക്തിസാധന ചെയ്തുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് അംബരീഷനെ പോലെ ചക്രവർത്തി പദത്തിൽ ഇരുന്നുകൊണ്ടിരുന്നാൽ പോലും സർവവും ഈശ്വരമയം എന്ന ബുദ്ധി ആർക്കുണ്ടോ രാഗവും ദ്വേഷവും ആരുടെ ഉള്ളിൽ ഇല്ലയോ ആസക്തി അറ്റാച്ച്മെന്റും അവകർഷനും ഇല്ലയോ അയാൾ എവിടെയിരുന്നാലും വിഷമിക്കില്ല നമ്മുടെ സൗഭരി മഹർഷി സിദ്ധനാണ് അദ്ദേഹം സിദ്ധി വേറെ ജ്ഞാനം വേറെ സിദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ഞാനോ ഉണ്ടാവില്ല അദ്ദേഹം ഇനി സിദ്ധി കിട്ടിയതൊന്നും പോരാൻ തോന്നുന്നു അദ്ദേഹം പിന്നെയും തപസ് ചെയ്യാനിരിക്കാണ് തപസ് ചെയ്യാൻ ഇരിക്കുമ്പോ എവിടെ നോക്കിയാലും ആകർഷണം അയ്യേ ഈ സമൂഹത്തിൽ ഇരുന്നാൽ ശരിയാവില്ല എവിടെ നോക്കിയാലും എന്തെങ്കിലും ആകർഷിക്കണോ വികർഷിക്കണം അപ്പൊ ഇനി ആകർഷണ വികർഷണമില്ലാതെ ഒരു സ്ഥലത്തിരിക്കണം ആരും ഡിസ്റ്റർബൻസേ ഉണ്ടാവാൻ പാടില്ല പലരും അങ്ങനെയൊക്കെ വിചാരിക്കും ഹിമാലയത്തിൽ പോയി എവിടെയെങ്കിലും ഒരു ഗുഹയിലിരിക്കണം വിചാരിക്കും അവിടെയും സകലതും വരും കാരണം നമ്മളുടെ മനസ്സിലാണുള്ളത് അവിടെ എല്ലാത്തിനെയും പൊന്തി കൊണ്ടുവരും അവിടെ ഒരു സംസാരം ഉണ്ടാവും സൗബരി മഹർഷി കണ്ടുപിടിച്ച ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമുക്കൊന്നും അങ്ങനെ പറ്റില്ലേ അദ്ദേഹത്തിനെ പറ്റുള്ളൂ നമ്മളിപ്പോ പറഞ്ഞില്ലേ എവിടെയോ ദുബായിലെ സമുദ്രത്തിന്റെ അടിയിൽ ഹോട്ടൽ ഉണ്ടോ എന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ സാധിക്കും സൗബരി മഹർഷി കണ്ടുപിടിച്ച സ്ഥലം യമുനാനദിയുടെ ഉള്ളില് ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ജലസ്തംഭനം ചെയ്ത് അതിന്റെ ഉള്ളിൽ പോയി തപസിലിരുന്നു അതിന്റെ ഉള്ളിൽ പോയി തപസലിരുന്നപ്പോ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോ ഗരുഡനോട് കോപം വന്നു ഗരുഡൻ അവിടെ വന്ന് മത്സ്യത്തിനെ പിടിക്കാൻ വന്നു അപ്പൊ ഗരുഡനെ ശപിച്ചുതാ ഇവിടുത്തെ മീനുകളെ തൊട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ താങ്കൾക്ക് ജീവ ജീവനാപത്താണെന്ന് ശപിച്ചു കോപം വന്നു അപ്പൊ തോന്നി അയ്യോ ദേഷ്യപ്പെട്ടുവല്ലോ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് വന്നിട്ടാണ് വെള്ളത്തിനടി വന്നിരുന്നത് ഇവിടെ വന്നിട്ട് പെഗരുടനോട് ദേഷ്യപ്പെട്ടു ഇനി ദേഷ്യപ്പെടാൻ പാടില്ല നിശ്ചയിച്ചു ഈ മത്സ്യങ്ങളോടൊക്കെ സ്നേഹം വന്നു കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മത്സ്യം ഒരു ഒരു ആൺ മത്സ്യം ഒരു പെൺമത്സ്യം കുറെ പെൺമത്സ്യങ്ങളുടെ കൂടെ ഇങ്ങനെ പോണത് കണ്ടപ്പോ ആഹാ എന്ത് ജീവിതം തനിക്കും ഇതുപോലെ കുറെ കല്യാണം കഴിച്ചാ വേണ്ടില്ലാന്ന് തോന്നി വെള്ളത്തിന്റെ അടിയിൽ ഇരിക്കുന്ന ആൾക്ക് നോക്കണം ഈ വാസന എവിടെ പോയാലും പോവ് ഇത് അപ്പോഴേ ആവാമായിരുന്നു അതിന് വെള്ളത്തിനടിയിൽ പോയിരുന്നു അവിടുന്ന് പുറത്തു വന്നു നേരെ മാൻധാതാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി മാന്താതാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞു ദാ എനിക്ക് നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചു തരണം അദ്ദേഹത്തിന് അമ്പത് പെൺകുട്ടികളാണ് മാന്താതാവിന് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു ഈ പീ ഋഷിവരൻ താടിയും തലമുടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എങ്ങനെ പറ്റും പക്ഷെ ശപിച്ചാലോ സിദ്ധനാണ് ശപിച്ചാലോ പേടി അപ്പൊ രാജാവ് പറഞ്ഞു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞു അന്തപുരത്തിൽ പോയിട്ട് അമ്പത് പേരും അവിടെ ഉണ്ട് ആർക്കാണോ നിങ്ങളെ ഇഷ്ടം അവരെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഋഷിക്ക് മനസ്സിലായി രാജാവിന്റെ ടെക്നിക് ഓഹോ എന്നാ ഞാൻ കാണിച്ചു തരാം അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ആക്കിയാൽ എല്ലാം നടക്കും തിരി ജലമെടുത്ത് ശിരസിൽ തെളിച്ചു ത്രിലോകസുന്ദരനായിട്ട് തീർന്നു അദ്ദേഹം അന്തപ്പുരത്തിൽ പോയത്ര അമ്പത് പെണ്ണങ്ങളും അങ്ങടും ഇങ്ങടും അടി കൂടല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നു അമ്പത് പേരും കൂടെ അടി അടി ബഹളമായി അവസാനം ഇദ്ദേഹം അമ്പത് പേരെയും കല്യാണം കഴിച്ചു എന്നിട്ട് രാജാവ് ചക്രവർത്തി മാന്താതാവ് മൂക്കില് വിരല് വെക്കണമാതിരി കുടുംബം നടത്തി എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കൈ കാണിച്ചാൽ കൊട്ടാരം ഇങ്ങനെ കൈ കാണിച്ചാൽ വലിയൊരു പാർക്ക് ഇങ്ങനെ കൈ കാണിച്ചാൽ ഒരു സ്വിമ്മിംഗ് പൂള് എന്താന്ന് വെച്ചാൽ അതൊക്കെ വരും സമാശല്ലോ ഒക്കെ ഭാഗവതത്തിലുള്ളതാ പറയണത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം കാണിക്കുന്നതൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈ അമ്പത് പേരുടെ കൂടെ കുടുംബം നടത്തി ഓരോ പെൺകുട്ടിയിലും പപ്പത്ത് കുട്ടികളുണ്ടായി മൊത്തത്തില് അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് ഈ സംഭാവനയൊക്കെ കൊടുക്കണ പോലെ അവസാനം ഇത്രയൊക്കെ ആയി ആകെ പാഠ വിഷമത്തിലായി എന്നാൽ ഋഷഭയോഗ ഈശ്വരന്റെ കഥ വായിച്ചു നമ്മൾ അല്ലെ എല്ലാവൈ കുടുംബം ഉണ്ടായി നൂറുകുട്ടികളെ എല്ലാ യോഗികളായിരുന്നു എന്നിട്ട് യാതൊരു പ്രശ്നമില്ല ആ കുടുംബത്തിൽ ഇരുന്നിട്ടും തനിക്ക് ജ്ഞാനം പോയതായിട്ടോ ശക്തി ക്ഷയിച്ചതായിട്ടോ ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല ജ്ഞാനിക്കും സിദ്ധനും അതാണ് വ്യത്യാസം ജ്ഞാനിക്ക് എത്ര വ്യവഹരിച്ചാലും എത്ര തന്നെ വ്യവഹാരം ഉണ്ടായാലും ഒന്നും ക്ഷയിക്കൂല ഒന്നും പോകൂല വരൂല്ല തേജശയോ ഉണ്ടാവുകയില്ല ശ്രീകൃഷ്ണ ഭഗവാനെ ഉദാഹരണം ഇത്രയും ഇതിന്റെ നടുവിലിരുന്നിട്ടൊന്നും വിഷമിച്ചില്ല പക്ഷെ ഇദ്ദേഹത്തിനൊരാശ വന്ന് അതിൽ പ്രവേശിച്ചു എന്നിട്ട് കുറച്ചു കഴിഞ്ഞ പയ്യോ എന്റെ തേജസ്സൊക്കെ പോയല്ലോ ശക്തിയൊക്കെ പോയല്ലോ സിദ്ധികളൊക്കെ പോയിയല്ലോ എന്ന് പറഞ്ഞു ഒരു ദിവസം എല്ലാം വിട്ടിട്ട് ഒരു പോക്കും പോയി ഉപേക്ഷിച്ചിട്ട് ഒരുപോക്കും പോയി വൈരാഗ്യം ഉണ്ടായി അങ്ങനെ ആ സൗഭരി മഹർഷി തപസ് ചെയ്തതാണ് യമുനാജലം അതുകൊണ്ട് യമുനാജലത്തിൽ ഗരുഡന്മാരില്ല ഈ കാളിന്തി നദിയില് ആ ധൈര്യത്തിലാണ് കാളിയൻ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പൊ കാളിയനെ ഇവിടുന്ന് ഞങ്ങൾ ഉദ്വാസനം ചെയ്യണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു അഥ വരി ഘോരതരം ഭണിനം പ്രതിവാത്തർഭവൻ ദ്രുതമാരിതീരീപതൃഷമാരുതശോഷർണിരുഹ്യപദം ബുരുഹേണ ചും നവതുല്യ നവപല്ലവുലമനോജരുച ഹൃദവാരിണി ഹൃദവാരിണി ദൂരതരംയത പരിഘുർണിതഘോരതരംഗഗണേ അടുത്തുള്ള ഒരു നീപവൃക്ഷത്തിൽ കയറി അതിന്റെ മേലിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഭുവനത്രയഭാരമൃതോ ഭതോ ഗുരുഭാര വികമ്പി വിജൃംഭിജല ു ശതകം തടിപ്പുട്ട ഘോഷവതീ നൂറു വില്ലുപാട് ദൂരത്തേക്ക് വെള്ളം തൊറച്ചു ധനുശതകം ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ചാടിയതോടുകൂടെ കാളിയൻ ഇതുവരെ ഒരു ശബ്ദം അങ്ങനെ കേട്ടിട്ടില്ല അങ്ങോട്ട് ആരും വരാറില്ല ചിലരുടൊക്കെ അവിടെ ബോർഡ് എഴുതിയിട്ടിട്ടുണ്ടാവും ഇതിനകത്തേക്ക് ആരും വരരുത് ഇത് പൊതുസ്ഥലമല്ല സ്വകാര്യ സ്വത്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും അതുപോലെ ഇവിടെ കാളിയന്റെ ആ ഏരിയ എല്ലാവർക്കും അറിഞ്ഞതാണ് ആരും പോവില്ല ഇത് ശബ്ദം കേട്ട ഉടനെ അനേക പർവ്വത ശൃംഗങ്ങൾ പോലുള്ള ശിരസുകളും പൊന്തിച്ചുകൊണ്ട് അനേക ശിരസുകളോടുകൂടെ ആ പാമ്പ് വെള്ളത്തുനിന്ന് പൊന്തി വന്നു ഫണശൃ സഹസ്ര വിനിശ്രു മര അഗ്നികണം പോലെ ചീറ്റുന്ന ദൃഷ്ടികളോടുകൂടെ അതിനകത്തുനിന്ന് പൊണ്ണി പൊന്തി വന്നു ബഹുശൃംഖിണം അഞ്ജനശൈലം ഇവ എന്നിട്ട് ഭഗവാനെ ആ മഹാഭുജകം ഭഗവാനെ പലയിടത്തും കടിച്ചിട്ട് കെട്ടി വരിഞ്ഞു വെള്ളത്തിന്റെ മേലെയാണ് ഈ വിക്രിയകളൊക്കെ നടക്കുന്നത് ഗോപന്മാര് ദൂരത്തു കണ്ടു തടത്തിലുള്ളവര് കണ്ടിട്ട് അയ്യോ കൃഷ്ണനെ ഈ പാമ്പ് പിടിച്ചുവല്ലോ നമ്മള് ജീവിച്ചിട്ട് എന്ത് കാര്യം അഖിലേഷു അവലോക്യജി ജീവഭരം ജീവിച്ചിട്ട് എന്ത് കാര്യം ജീവിതമേ ഭാരം കൃഷ്ണൻ ഇല്ലെങ്കിൽ അതുകൊണ്ട് ജീവിച്ചിട്ടേ കാര്യമില്ല നമ്മൾ നമ്മളും മരിക്കാമെന്ന് നിശ്ചയിച്ചപ്പോഴാണ് ഭഗവാൻ ഫണിബന്ധനമാശുവിമുച്ഛവാത് ഉദകം യഥാ സജുഷാഭവത ആ കെട്ട് വേർപെടുത്തി പുറത്തു വന്നു എന്നിട്ട് പാമ്പിന്റെ തലയ്ക്കൽ കയറി നല്ല മൃദുവായ സ്ഥലം അല്ലെ പാമ്പ് ആ പടത്തിൽ ചവിട്ടാൻ നല്ല സുഖം നല്ല സ്റ്റേജ് നമ്മൾ ഇത് അതുപോലെ സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിയാൽ ഇരിക്കാൻ ഇതുപോലെ കുഷിൻ സ്ഥലവും കിടന്നു പക്ഷെ എത്ര കുഷിനിട്ടാലും പാമ്പിനെ പോലെ മൃദുവവില്ല ഗുരുവായൂരപ്പൻ വെറുതെ ഒന്നുമല്ല ആദിശേഷനൻ സുഖിയനാണ് ആ സർപ്പത്തിന്റെ ഫണത്തിലേക്ക് കയറി അധുരുഹ്യത ഫണിരാജഭണാൻ ഭതാം മൃദുപാതരു ഭഗവാൻ മൃദുവായ പാദത്തോടുകൂടെ ആ പാമ്പിന്റെ ശിരസിലേക്ക് കയറി കള ശിഞ്ചിത നൂപുര മഞ്ചുമിള കര കങ്കണ സംക്വണിതം കയ്യിൽ കുറെ സ്വർണവളകൾ ഇട്ടിട്ടുണ്ട് കാലിലെ പാദസരങ്ങൾ ഇതൊക്കെ ജലജണത്കാരം ജനജനകാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഭഗവാന് തോന്നിയത്രയും നർത്തനം ചെയ്യണം ഭഗവാൻ ഒന്ന് ഡാൻസ് ആദ്യം രണ്ട് പദമൊക്കെ വെച്ചു ചില മുദ്രകളൊക്കെ കാണിച്ചു അപ്പോഴേ ഗോപന്മാർക്കൊന്ന് ഉത്സാഹം തുടങ്ങി അവർ കരയ്ക്ക് നിന്ന് അവര് നർത്തനം ചെയ്യും ജഹുർഷു പശു പ പശുക്കളുണ്ടല്ലോ പശു കുട്ടികള് കടാവുകളൊക്കെ അവരും കിടന്നു നാടാൻ തുടങ്ങി തുതുഷുർ മുനയോ ജഹുർഷു പശു പ മുനികള് സന്തോഷിച്ചു ആകാശ് കുസുമാനി സുരേന്ദ്രഗണാ ദേവതകളൊക്കെ വന്നു കൃഷ്ണൻ കൃഷ്ണന്റെ ഡാൻസ് പ്രോഗ്രാം ഡാൻസ് സാക്ഷാത് മഹാവിഷ്ണു നർത്തനം ചെയ്ത് ആരും കണ്ടിട്ടില്ല നടരാജമൂർത്തി നർത്തനം എപ്പോഴും ആനന്ദ നടേശൻ അപ്പൊ നടരാജമൂർത്തിയായിട്ട് സഭാപതി നർത്തനം എന്നുള്ളത് ശിവനിൽ നിന്നാണ് നമ്മൾ വന്നത് ഭരതമുനി പരമശിവൻ നർത്തനം ചെയ്യുമ്പോ ആടുന്നത് കണ്ടു എന്നാണ് പരമേശ്വരൻ നർത്തനം ചെയ്യുന്നത് പല വിധത്തിലുള്ള മൂർത്തികളുണ്ട് സാധാരണ ഉള്ളത് നടരാജൻ ഇടതുപദം തൂക്കി നിൽക്കുന്നത് ഇടത് കാൽ തൂക്കി നിന്ന് നർത്തനം ചെയ്യുന്ന നടരാജമൂർത്തി വേറെ ഒരു മൂർത്തി കൊണ്ട് ശിവൻ തന്നെ കാൽ പുറകെ വെച്ച് ചുവട്ടിൽ വീണ കുണ്ടലത്തിനെ കാൽ കൊണ്ട് എടുത്ത് കാ കാതിലിടുന്നത് ചെവിയിലിടുന്നത് അങ്ങനെ നടരാജമൂർത്തിയുടെ നർത്തനം നമുക്ക് ചില പോസ് ഒക്കെ കാണാം വിഷ്ണുവായിട്ട് നർത്തനമില്ല ഈ കാളിയ മർദ്ദനം കാളിയന്റെ ഭണത്തിൽ നിന്നുകൊണ്ട് കണ്ണന്റെ നടനം ദേവതകളൊക്കെ ആശ്ചര്യമായിട്ട് നോക്കണു കൃഷ്ണനെ നർത്തനം ചെയ്യാൻ അറിയോ കൃഷ്ണൻ നർത്തനം ചെയ്ത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഭഗവാൻ എന്നുവെച്ചാൽ അവിടെ പറഞ്ഞു തന്മൂർദ്ധന തന്മൂർദ്ധരത്നികരസ്പർശ അതിതീവ്ര അതി താമ്ര പാദാംബുജോ അഖിലകലാദിഗുരുഹൂ നനർത്ത മഹർഷി പറഞ്ഞു ആരാണ് നർത്തനം ചെയ്തതെന്ന് ആ പാമ്പിന്റെ തലയ്ക്ക് പരിഭ്രമഹതൗജ സമുന്നതാം സമാനമ്യത പ്രതുദുഷിരസ്വതിരൂഢ ആദ്യ തന്മൂർധരത്ന നിഗരസ്പർശ അതി താമ്ര പാദാബുജ അഖിലകലാദിഗുരുഹൂനർ ആ രത്നങ്ങൾ കാലിൽ തട്ടിയിട്ട് കാലി ചുവന്നു മൃദുവായ പാദങ്ങൾ ചുവന്നുകൊണ്ട് നർത്തനം ചെയ്തു ഭഗവാൻ അഖിലകല ആദിഗുരു അഖില കലകൾക്കും ആദി ഗുരുവായ പ്രഭു നർത്തനം ചെയ്തു അങ്ങനെ നർത്തനം ചെയ്തപ്പോ താളവാദ്യങ്ങളൊന്നുമില്ല എന്താ താളവാദ്യം യശോദ അമ്മ കയ്യില് രണ്ട് വളകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കാലില് പാതസരങ്ങൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് തന്നെ താളവാദ്യം രുചിരകം വിതകുണ്ടലമണ്ഡല ചെവിയില് കുണ്ടലങ്ങൾ രുചിരകം കുണ്ടമണ്ഡല സുചിതമീശനർത്തിത പന്നകേ അപ്പൊ താളവാദ്യം കൂടെ വേണം തോന്നി ആകാശത്തിലെ ദേവതകളൊക്കെ പോയിട്ട് ഓരോരോ മദളവാദ്യങ്ങളും ഒക്കെ എടുത്തോണ്ട് വന്നു അമര താടി സുന്ദരം ദൈവതയൗവതേ അപ്സര സ്ത്രീകൾ ദേവതകളൊക്കെ അവിടെ പാട്ട് പാടാൻ തുടങ്ങി ഈ നർത്തനത്തിന് പറ്റിയ പാട്ട് അവര് അവര് തോന്നി പോരാന്നാണ് അത്യദ്ഭുതമായി നടനം ചെയ്യുന്ന ഒരാള് നടനം ചെയ്യുമ്പോ പാടാൻ അതുപോലെ കെൽപ്പുള്ള ആള് വേണം കൊങ്ങക്കോല് ചൊല്ലാൻ അതുപോലെ കെൽപ്പുള്ള ആള് വേണം മൃതംഗം വായിക്കാൻ അതുപോലെ കെൽപ്പുള്ള ആള് വേണം വേഗം ദേവതകള് കൈലാസത്തിലേക്ക് ഓടി നർത്തനം ചെയ്യുന്ന ആളെ വിളിച്ചുകൊണ്ട് വരണം അവിടെ ചെയ്യുന്നു നടരാജമൂർത്തി സഭാപതിയോട് പറഞ്ഞു ഭഗവാനെ കൃഷ്ണൻ ഡാൻസ് കൃഷ്ണൻ നർത്തനം ചെയ്യുന്നു ഭഗവാൻ വരണം എന്ന് വിളിച്ചു അത്രേ ഭഗവാൻ സന്തോഷത്തോടെ പുറപ്പെട്ടു രസിക്കൻ അതുപോലെ തുല്യമായി അറിയുന്ന ആളുമാണ് രസിക്കാൻ അപ്പൊ ഭഗവാൻ പുറപ്പെട്ടു ഭഗവാൻ പുറപ്പെടുമ്പോ നന്ദികേശ്വരനോട് പറഞ്ഞു മൃദംഗവും എടുത്തോളാം പറഞ്ഞു ഭഗവാന്റെ മൃദങ്കസ്റ്റ് നന്ദികേശ്വരനാണ് ഇവിടെ വന്നപ്പോ നോക്കി രുചിരകം പിതതുംകുണ്ടമണ്ഡല ഭഗവാന്റെ നർത്തനത്തിന്റെ താളമാണ് ഭട്ടതിരി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് ദ്രുതവിളംബിതം രുചിരകം പിതകുണ്ടലമണ്ഡല പരമേശ്വരൻ നന്ദികേശ്വരന് താളം ഇട്ടുകൊടുത്തു തകിട്ടി തീട്ടത്വം നൂപുരശിഞ്ചിതം തകിട്ടിമിതം കാലിലിരിക്കുന്ന നൂപുരങ്ങൾ സിഞ്ചനം ചെയ്തതിന്റെ താളമാണ് തകിട്ടിതീട്ട തത്വം അമര താടിതം തുന്തുപി സുന്ദരം ിയതി ഗായ ദൈവത യൗവത അവിടെ നന്ദിവാദിത മൃദംഗനാദിത് മുഖരിതാശയമുനസൈകതം നൃത്തരാജ സഭാപതി ഭാഷിത താളവാക്യ മനോഹര നർത്തനം തകിട തകതിമി താകിട്ടകജു തകിട തകതിമി താകിട്ട അവരുടെ നർത്തനമാണ് നന്ദിവാദിത മൃദംഗം കൊന്നക്കോല് ചൊല്ലിയത് ആരാണ് സാക്ഷാത് ശ്രീപരമേശ്വരൻ നൃത്തരാജ സഭാപതി ഭാഷിത താളവദ്യമനോഹര നർത്തനം നൃത്തരാജാവായ സഭാപതി കൊന്നകോല് താളം ചൊല്ലി ജതി ചൊല്ലി അതോടുകൂടെ ചെന്ന് പര നട ഗോകുലനായക ആ ഗോകുലനായകനായ കണ്ണന്റെ നർത്തനം അതീവ സുന്ദരമായ നർത്തനം അങ്ങനെ കൃഷ്ണൻ നർത്തനം ചെയ്തു ഏതേത് തല കാളിയൻ പൊന്തിച്ചുവോ അതിലൊക്കെ പാദം വെച്ചു പൊന്തുന്ന തലയൊക്കെ ചവിട്ടി ഉള്ളിലുള്ള വിഷം മുഴുവൻ പുറത്ത് കക്കി കാളിയൻ ഈ സമയം കാളിയ നാഗപത്നികൾ ഓരോരുത്തരായി പുറത്തു വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു നിന്നു ഭഗവാനെ ഇവൻ ഖലനാണ് ദുഷ്ടനാണ് എങ്കിലും ഞങ്ങൾക്ക് പതിയെ ഭിക്ഷയായിട്ട് തരണം ഭഗവാൻ പറഞ്ഞു അവനെ ഞാൻ വധിക്കാൻ പോണില്ല കാളിയനും ഭഗവാനെ സ്തുതിച്ചു കാളിയം പറഞ്ഞു ഭഗവാനെ വിട്ടുകൊടുത്തില്ല കാളിയൻ കാളിയം പറഞ്ഞത് ഭഗവാനെ ഞാൻ വിഷം എന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയല്ല കാരണം ഞാൻ പാമ്പാണ് ഞാൻ വിഷമല്ലാതെ പിന്നെ എന്ത് കക്കും എനിക്ക് അങ്ങ് തന്നത് വിഷമാണ് അതുകൊണ്ട് ഞാൻ വിഷം പുറത്തുവിടുന്നു ചിലർ മനുഷ്യരായിട്ട് ജനിച്ച് വിഷം കക്കിക്കൊണ്ടേയിരിക്കണമല്ലോ അതുപോലെ ഇല്ലല്ലോ ഇത് പാമ്പായിട്ടല്ലേ ഭഗവാൻ പറഞ്ഞു സാരമില്ല മനുഷ്യർ വസിക്കുന്ന സ്ഥലത്ത് താമസിക്കരുത് പോയിക്കോളൂ ഇതിന്റെ വശം അതിനേക്കാളും അധികം അതുകൊണ്ട് രാമായണകം കാര്യമായിട്ട് നോക്കിക്കോളൂ ഏതെങ്കിലും ഒരു പാമ്പിനെ പാമ്പ് നമ്മളെ കണ്ടാൽ നമ്മ നമുക്ക് ആപത്തില്ല പാമ്പിനെ പാമ്പ് നമ്മളെ കണ്ടാൽ നമുക്ക് ആപത്തില്ല പക്ഷെ നമ്മൾ പാമ്പിനെ കണ്ടാലോ പാമ്പിനെ അല്ലേ പലരും പറയണു പാമ്പ് വീട്ടിലൊക്കെ വരാ വന്നാൽ പിന്നെ എന്തു ചെയ്യും ചോദിക്കും പാമ്പ് വീട്ടിലും തൊടിയിലും അല്ല വരുന്നത് പാമ്പുള്ള സ്ഥലത്ത് പോയി നമ്മൾ വീട് കെട്ടണോ അതെന്ത് ചെയ്യും അതിനൊരിടത്ത് താമസിക്കാൻ സ്ഥലവും ഇല്ല ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കെട്ടിയിരിക്കും ഭഗവാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം രമണകം ഫണിപതിർണ്ണ പണിരിപൂർണ്ണ കരോതി വിരോധിതാം ഗരുഡൻ ഒന്നും ചെയ്യില്ല എന്റെ പാദസ്പർശമേറ്റതുകൊണ്ട് തന്നെ ഗരുഡനെ നിന്ന് പേടിയേ ഇല്ല രമണകദ്വീപിലേക്ക് ചെല്ല എന്ന് പറഞ്ഞ് കാളിയനെ ആശീർവദിച്ചയച്ചു ഇത് കഴിഞ്ഞ് പ്രളംബാസുരൻ എന്നൊരു അസുരൻ വന്നു ആ പ്രളംബനെ ബലരാമസ്വാമി വധിച്ചു കാട്ടുതിയിൽ നിന്നു ഗോപന്മാരെ രക്ഷിച്ചു ഭഗവാൻ വേണുഗാനം ചെയ്യുന്നത് കേട്ട് ഗോപസ്ത്രീകൾ മാരപരവശരായിട്ട് പരസ്പരം ഗാനം ചെയ്തു ഭഗവാന്റെ ദിവ്യൂപത്തിനെ വർണ്ണിച്ചുകൊണ്ട് ഗാനം ചെയ്തു അക്ഷണവതം ഫലമ വി ഭാഗവതത്തിൽ ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസഹ കനകുശം വൈജയന്തീംശമാലാ േണോ അധരസുതയാ പൂരയൻ ഗോപവൃന്ദ്രം സ്വപതരമണം പ്രാവിശദ് പുല്ലാങ്കുഴലൂതി കൊണ്ട് പ്രവേശിച്ചതിനെ പരസ്പരം ഗോപസ്ത്രീകൾ ഗാനം ചെയ്തു കൃഷ്ണനെ തങ്ങൾക്ക് പതിയായി കിട്ടണം എന്ന് ആശിച്ച് അവര് കാത്യായിനി വ്രതം അനുഷ്ഠിച്ചു അങ്ങനെ വ്രതസ്നാനത്തിനായി കാളിന്തി നദിയിൽ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് വസ്ത്രമില്ലാതെ കുളിച്ചു ന വിവസന സ്നഹയാ ഗുഹ്യോവായ്നിന്ന് വേദം തന്നെ വസ്ത്രമില്ലാതെ കുളിക്കരുത് എന്നാണ് പ്രത്യേകിച്ച് വ്രതചേതയ്ക്ക് അങ്ങനെ ഉള്ളപ്പോ ഗോപസ്ത്രീകൾ അങ്ങനെ കുളിച്ചു ആ വസ്ത്രമെടുത്ത് ഭഗവാൻ ഒരു ബാലലീല കൊച്ചുകുട്ടിയാ കളിയായിട്ട് വസ്ത്രമെടുത്ത് വൃക്ഷത്തിന്റെ മുകളിൽ കയറിയിടുന്നു ഗോപസ്ത്രീകൾ പ്രാർത്ഥിച്ചു കൃഷ്ണ വസ്ത്രം തരൂ ഭഗവാൻ പറഞ്ഞു എല്ലാ വസ്ത്രത്തിനെയും എടുത്തു മാറ്റണം അപ്പോഴേ എന്നെ കിട്ടുള്ളൂ ഒരു വസ്ത്രവും പാടില്ല ശരീരത്തിനും വസ്ത്രമുണ്ട് മനസ്സിനും വസ്ത്രമുണ്ട് ആത്മാവിനും വസ്ത്രമുണ്ട് ശരീരത്തിന് ഇടുന്ന വസ്ത്രം പുറത്തുള്ള വസ്ത്രം അതാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഷട്ട അഴിച്ചിട്ട് പോണത് മനസ്സിന്റെ വസ്ത്രം എന്താണ് കാമം ഗ്രോധം ലോപം മോഹം മതം ആത്സര്യം പിന്നെ ഉള്ളുണ്ടു വയ്ത്ത് പുറമുണ്ടുപേശുവാറുള്ളിലൊന്ന് വെച്ച് പുറത്തൊന്നു പറയുക ഇതൊക്കെ ഓരോ മറവാണ് ഇത്തരം മറവുകളൊക്കെ നീക്കിയാലേ ഭഗവാനെ കേട്ടുള്ളൂ അവസാനത്തെ ആത്മാവിനെ മൂടിക്കളയുന്ന അഞ്ച് വസ്ത്രങ്ങളുണ്ട് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്ന അഞ്ച് കോശങ്ങൾ അഞ്ച് വസ്ത്രങ്ങൾ ആത്മാവിനെ മറച്ചടിക്കണു അപ്പൊ ഈ വസ്ത്രങ്ങളോടൊക്കെ ഉള്ള മമത ഉപേക്ഷിച്ചാലേ ഭഗവാനെ കിട്ടുള്ളൂ എന്നുള്ളത് വസ്ത്രാപഹരണ ലീല കൊണ്ട് ഭഗവാൻ കാണിച്ചു ഗോപസ്ത്രീകൾക്ക് നിങ്ങളെയൊക്കെ ഞാൻ അനുഗ്രഹിക്കാം നിങ്ങളെ ആശിക്കുന്നത് തരാം എന്ന് പറഞ്ഞ് അവരെ ആശീർവദിച്ചു ഒരു ദിവസം അങ്ങനെ കാട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്നിടത്ത് ഭക്ഷണം കഴിക്കാമോ എന്ന് കാട്ടിൽ പോയി അങ്ങനെ കാട്ടിൽ പോയപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു കൃഷ്ണ വിശക്കണു വളരെ വിശക്കണു അവിടെ പലവിധ അസുരന്മാർ വന്നു ഇപ്പോൾ വിശപ്പെന്നുള്ള അസുരൻ ഉള്ളില് വന്നിട്ട് വിഷമം ഉണ്ടാക്കണു ഭഗവാൻ പറഞ്ഞു അവിടെ കുറച്ചു ദൂരം പോയാൽ അവിടെ ഒരു യാഗം നടക്കണം കുഞ്ചാരണ്യം എന്നാണ് സ്ഥലത്തിന്റെ പേര് എവിടെയോ മരം പോലും കാണാനില്ല എവിടെ നോക്കിയാലും ദർഭ ദർഭക്കാട് അപ്പൊ ആ ദർഭക്കാട്ടിൽ ഒരു യാഗശാല അവിടെ യാഗം നടക്കുന്നു അവിടെ ധാരാളം ബ്രാഹ്മണർ വസിക്കണുണ്ട് ആ ബ്രാഹ്മണര് നല്ലവണ്ണം ശാസ്ത്രം പഠിച്ചവര് കർമ്മകാന്ഡ തത്പരർ ജ്ഞാനകാന്ഡത്തിലേക്ക് പ്രവേശമില്ല അവൻ കർമ്മകാന്ഡത്തിലെ അവരുടെ അടുത്ത് ചെന്ന് ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് പറയൂ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറിയൂ എന്ന് വെച്ചാൽ അതാണ് കുറച്ചൊക്കെ നമ്മള് ആ വൃന്ദാവനത്തിന്റെ അവസ്ഥയും ഭഗവത് ചരിത്രത്തിനെയും ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ ഈ ഘട്ടം മനസ്സിലാവും അതായത് ഒരു എവിടെങ്കിലും ഒരിടത്തൊരു മഹാത്മാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവതാരം എന്ന് വേണ്ട മഹാത്മാവായിട്ട് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചൊക്കെ ഒന്ന് പരക്കും കുറച്ചു ദിവസം കഴിയുമ്പഴേക്കും അത് അടുത്തടുത്ത് അവിടെ അവിടെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ അറിയാം അറിഞ്ഞാൽ ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല എന്നാ ലോകത്തിൽ പല ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കില്ല ചിലർ വിശ്വസിച്ചാലും അങ്ങോട്ട് പോയി കാണാനോ ശരണാഗതി ചെയ്യാനോ ഉള്ള പക്വത ഉണ്ടാവില്ല ഇങ്ങനെ പലതരത്തിൽ ഇപ്പോ കാളീമർദ്ദനത്തിന് ശേഷം കൃഷ്ണന്റെ മഹത്വം അവിടെയൊക്കെ വ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഭഗവാൻ ഗോപന്മാരോട് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന് പോയി പറയൂ നോക്കാം അവരുടെ ചിത്രം എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം അപ്പോ ഗോപന്മാര് ചെന്ന് ഹേ ഭൂമിദേവാ ശ്രുണു അവിടെ ചെന്ന് വിളിച്ചു ഹേ ബ്രാഹ്മണരെ ഞങ്ങൾക്കൊക്കെ വിശക്കണു കൃഷ്ണൻ അടുത്തായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ വിശന്നു കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾ യാഗത്തിന്റെ ഭാഗമായിട്ട് വേണ്ടതൊക്കെ എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അന്നം കൊടുക്കാന്നുള്ള സമ്പ്രദായം ഉണ്ടല്ലോ ഞങ്ങൾക്ക് വലുതും തരൂ എന്ന് പറഞ്ഞു അവരാരും ശരിയെന്നും പറഞ്ഞില്ല തരില്ല പറഞ്ഞില്ല ഭഗവാന്റെ അടുത്ത് തിരിച്ചു എന്ന് പറഞ്ഞു കുറെ നേരം നിന്നു ഒന്നും കിട്ടിയില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു അടുത്ത് പത്നിശാല എന്ന് പറഞ്ഞിട്ടുണ്ടാവും സ്ത്രീകൾ അവിടെ ഉണ്ടാവും അവരോട് ചെന്ന് അറിയിക്കും ഈ സ്ത്രീകളൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നല്ലവണ്ണം അറിയാം ഈ ബ്രാഹ്മണര് ശാസ്ത്രവിചാരം ചെയ്യുമ്പോഴും പുരാണ പ്രഭാഷണങ്ങൾ ചെയ്യുമ്പോഴും ശാസ്ത്രങ്ങൾ പറയുന്നതും ഒക്കെ ഇവർ കേട്ടിട്ടുണ്ട് കേട്ടിട്ട് ഇവർക്ക് നല്ലവണ്ണം അറിയാം ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് ആത്മസാക്ഷാത്കാരത്തിന് ഒരു സദ്ഗുരുവിന്റെ ദർശനം ഏർപ്പെടണം അല്ലാതെ പുസ്തകത്തിൽ നിന്നും മാത്രം കിട്ടില്ല പരിപൂർണമായി ബ്രഹ്മത്തിനെ അറിഞ്ഞ് ഒരു ബ്രഹ്മവിത്തിൽ നിന്ന് വേണം ഈ ആത്മസാക്ഷാത്കാരം ഉണ്ടാവാൻ എന്നവർക്കറിയാം അപ്പോ ബ്രഹ്മവിത്തായിട്ട് ആരെ കിട്ടും എവിടെ കിട്ടും അങ്ങനെയിരിക്കുമ്പോഴാണ് കൃഷ്ണകഥ അവിടെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത് പരിപൂർണ ബ്രഹ്മമേ ഇതാ കളിക്കുന്നു ഇത് കേട്ട് കേട്ട് കാണണം കാണണം എന്ന് കൊതിച്ചിരിക്കണം ഇവർക്ക് പോവാനൊട്ട് സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗോവക്കുട്ടികൾ വന്നു പറയണത് ഇതാ കൃഷ്ണൻ അടുത്തു വന്നിരിക്കുന്നു ഞങ്ങൾക്ക് വശക്കണു നിങ്ങൾ വലതും തരണം ഇന്ന് ഇത് അറിഞ്ഞ ഉടനെ ഗൃഹീതനാം നി സംഭ്രമാകുലാ ചതുർവിധം ബോജ്യത സംഭൃഹ്യതാ ചിരം ധൃതോകനഗ്രഹ സ്വകൈനിരുദ്ധൂർണമായ ഗോപസ്ത്രീകൾ ഒരുവിധം ഈ വിപ്രപത്നികൾ വേറെ ഒരു വിധം വിധത്തിലുള്ള ഭക്തന്മാരാണ് ഇവര് നല്ല വണ്ണം വൈഭവത്തിനെ മുൻകൂട്ടി അറിഞ്ഞവരാണ് ഭഗവാൻ എന്നല്ല ശാസ്ത്രീയമായിട്ട് ഈ വിപ്രപത്നികൾ അവർക്കറിയാം ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് അറിയാം കുറെയൊക്കെ വിദ്യയുണ്ട് ആ വിദ്യയൊക്കെ ഇവർക്കുണ്ട് അതാണ് ചിരംധൃത എന്ന് പറഞ്ഞത് വളരെ കാലമായിട്ട് അറിഞ്ഞുവെച്ചിരിക്കണു അവര് കേട്ടുവച്ചിരിക്കുന്നു ശ്രുത്വ അച്യുതമുപായാതം ഇവരെങ്ങനെയുള്ളവരാണെന്ന് വെച്ചാൽ കർണപൂരൈഹി യസ്മിൻ നിമഗ്ന മനസഹ പണ്ടേ തന്നെ ധാരാളം കേട്ട് മനസ്സിൽ കണ്ണനെ കാണണം കാണണം എന്ന കൊതി വളർത്തിയവരാണ് അങ്ങനെയുള്ളവര് കൃഷ്ണൻ വന്നിരിക്കണു എന്ന് അറിഞ്ഞപ്പോ നാലു വിധത്തിലുള്ള അന്നപയങ്ങളെടുത്തുകൊണ്ട് ഓടിവരികയാണ് പലരെയും തടുത്തു നിർത്തി തടുത്തു നിർത്തിയപ്പോ ബന്ധുക്കളും ഭർത്താക്കന്മാരും ഒക്കെ തടസ്സം ചെയ്തിട്ടും കേൾക്കാതെ ഓടി വന്നു അങ്ങനെ ഇരിക്കുമ്പോ ദൂരത്തുനിന്ന് ഇവരെ ഭഗവാനെ കാണുന്നു ഭഗവാനെ കാണുമ്പോ ഭഗവാൻ ഇവർക്ക് ദർശനം കൊടുക്കുന്നത് അത്യദ്ഭുതമായ ശ്ലോകം ഈ ശ്ലോകം കേട്ടിട്ട് ചൈതന്യ മഹാപ്രഭു മൂർദ്ധിച്ചു ചോട്ടില് വീണു എന്നാണ് ഈ വിപ്രപത്നികൾക്ക് ഭഗവാൻ കൊടുക്കുന്ന ദർശനം ദൂരത്ത് നിന്ന് ഇവർ വരുന്നു യോഗേശ്വരനായ ദർശനം യോഗേശ്വരനാണ് സദ്ഗുരു ഗുരുവിന്റെ ദർശനം ശിഷ്യന്മാർക്ക് ആദ്യ ദർശനം ഒരിക്കലും മറക്കാൻ പറ്റില്ലേ അതും പക്വികളായ ശിഷ്യന്മാർക്ക് ജീവൻമുക്തന്മാരെ അവരുടെ സന്നിധിയിൽ അങ്ങനെ ജ്വലിച്ച് നിൽക്കും ആദ്യ ദർശനത്തിലെ പരമാത്മ സാക്ഷാത്കാരം ഉണ്ടാവും ഉപദേശമൊന്നും ആവശ്യമില്ല ദർശനമാത്രത്തിൽ പരമാത്മ സാക്ഷാത്കാരം ഉണ്ടാവും ഈ ഗോപ ഈ വിപ്രപത്നികൾ മുമുക്ഷുക്കളാണ് തികച്ചും മുമുക്ഷുക്കൾ അവർക്ക് വേറെ ഒറ്റ ഇച്ഛയില്ല കാമം കൊണ്ടൊന്നുമല്ല വരണത് മുമുക്ഷുക്കളായിട്ട് തന്നെയാണ് വരുന്നത് അവർക്ക് കിട്ടിയ ദർശനമോ ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹദാ ദുപ്രവാളനടവേഷമനു വ്രതംസേ വിയസ്തസ്തരെണധുനമ്ജർോത്പലാകോള മുജഹാസം വിലോല പി കപോലയോ സമുലസത്കുണ്ഡലമാർദ്രീക്ഷിത നിദായ ബാഹു സുഹൃദ സുഹൃദം സസീമനി സ്ഥിതം തമലോകയന്ത താ അവരുദൂരത്തുന്ന് കാണുന്നു ഭഗവാൻ നീലമേഘ ശ്യാമളനായിട്ട് പീതാംബരധാരിയായിട്ട് കഴുത്തിൽ വനമാല അണിഞ്ഞ് വനമാല്യെ മയിൽപീലി അണിഞ്ഞ് ബർഹ ധാതുപ്രവാളും കവിഴത്തടങ്ങളിൽ മണികുണ്ടലങ്ങളുടെ കാന്തി കിടന്നു ഓളം വെട്ടുന്നവനായി തൃക്കൺപാർക്കലിൽ അലിവ് കിടന്ന് തുളുമ്പുന്നവനായി കാരുണ്യം കണ്ണിൽ അലതല്ലിക്കൊണ്ട് കഴുത്തിൽ അനേകവിധ തളിരുകളും മാലകളും പുഷ്പമാലകളും അണിഞ്ഞ് നടവേഷം നാടകത്തിന് വേഷം കെട്ടിയ ആള് പോലെ യോഗേശ്വരനാണ് അതാണ് വിചിത്രവേഷം യോഗേശ്വരനായി വിചിത്ര വേഷം കെട്ടി ഒരു ഗോപന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു കൈ അനുബ്രതാംസേ വിന്യസ്തഹസ്തം തോളിൽ കൈ അംസദേശേ അംശദേശത്തിൽ കൈയിട്ടുകൊണ്ട് മറ്റൊരു കൈയിലെ ഒരു താമരപ്പൂ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുഴട്ടിക്കൊണ്ടിരിക്കുന്നു ധുനാനമബ്ജം താമരപ്പൂവിങ്ങനെ പിടിച്ചുകൊണ്ട് ചുഴട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ ദിവ്യൂപത്തിനെ കർണോത്പലാലകം അങ്ങനെ കുറുനിരകൾ വീണുകിടക്കുന്നു ദിവ്യമായി മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങനെയിരിക്കുന്ന ആ ദിവ്യരൂപത്തിനെ ദൂരത്തുനിന്ന് കണ്ടു അനേകം കേട്ടിട്ടുണ്ട് പ്രായ ശ്രുത പ്രിയതമോദയ കർണപൂരൈ ചെവി നിറച്ചു വെച്ചിട്ടുണ്ട് ഭഗവാന് കേട്ട് കേട്ട് കേട്ട് നിറച്ചു ഇപ്പോഴോ അച്ഛിരന്ധ്രൈ രണ്ടുദ്വാരം തന്നിട്ടുണ്ടല്ലോ ചെവി എന്നൊരു ദ്വാരം കണ്ണ് എന്ന രണ്ടുദ്വാരം ഇപ്പൊ ചെവിയിലത്തെ ദ്വാരങ്ങളിലൂടെ ധാരാളം നിറച്ചു ഇപ്പൊ കണ്ണ് കണ്ണ് എന്നുള്ള ദ്വാരങ്ങളിലൂടെ കടത്താണ് ഭഗവാന് അങ്ങനെ ഏതെങ്കിലും ദ്വാരത്തിലൂടെ കടക്കണം കണ്ണ് ദ്വാരത്തിലൂടെ ചെവിയിലൂടെയോ കടന്നാൽ രണ്ടിലൂടെയും കടന്ന് എവിടെ പോണം ഹൃദയത്തിലേക്ക് പോകണം ഹൃദയദേശത്തിലേക്ക് പോകണം അന്തപ്രവേശ്യം പരിരഭ്യ താപം ഭഗവാനെ ഹൃദയത്തിലെടുത്ത് ആലിംഗനം ചെയ്തു താപമൊക്കെ നീങ്ങി അവരുടെ സംസാരതാപം മുഴുവൻ നീങ്ങി ആധ്യാത്മികം ആധിഭൌതികം ആതിദൈവികം എന്നുള്ള താപം നീങ്ങി അവിടെ ഒരു വാക്ക് ശ്രീശുഖപ്പുരം മഹർഷി എടുത്തു വെച്ചു പരമവേദാന്തികളായിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാവും അവർക്കേർപ്പെട്ട അനുഭൂതി തികച്ചും നിർവികൽപമായ സമാധി അനുഭവം എന്ന് എടുത്തുകാട്ടാനായിട്ട് മഹർഷി പറഞ്ഞു ശ്രീകൃഷ്ണ ദൂരത്തങ്ങനെ നിൽക്കുന്നത് കണ്ട ഉടനെ അവരുടെ മനസ്സങ്ങനെ ഉള്ളിൽ പോയി അത്രേ ഭഗവാനെ ആലിംഗനം ചെയ്തു എങ്ങനെയെന്ന് വെച്ചാൽ പകൽ സമയത്തും സ്വപ്നവേളയിലും വെളിയിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിമാന ചിത്തവൃത്തികളുണ്ട് സുഷുദ്ധിയവസ്ഥയിൽ ഈ അലച്ചലൊക്കെ നിർത്തി ഉള്ളിലേക്ക് തിരിച്ചുപോയി പ്രാജ്ഞനായിട്ടിരിക്കുന്ന ആത്മാവനെ ആലിംഗനം ചെയ്ത് കിടക്കണ പോലെ അങ്ങനെ ഭഗവാനെ കണ്ട ഉടനെ പുറമേക്ക് അലഞ്ഞു നടക്കണ മനസ് ഉള്ളിലേക്ക് പോയി പ്രാജ്ഞം യഥാ അഭിമതയഹ വിജഹുർ നരേന്ദ്ര പ്രാജ്ഞം യഥാ അഭിമതയ എന്നാണ് വാക്ക് പ്രാജ്ഞം യഥാ അഭിമതയ അങ്ങനെ അവർ വന്നു താസ്തഥ്യക്തസർവാശാഹം ാപ്ത ആത്മദിദൃക്ഷ നല്ലവണ്ണം നോക്കണം ഭാഗവതത്തിലെ വാക്കുകൾ അവരെങ്ങനെ വന്നു എന്ന് വെച്ചാൽ സർവ ആശകളും വിട്ടവർ ഒരാശയും അവർക്കില്ല പിന്നെ എന്തിനു വന്നു ആത്മദിദൃക്ഷയ ഒരേ ഉദ്ദേശമേ ഉള്ളൂ ആത്മസാക്ഷാത്കാരം ആത്മാവിനെ കാണാനുള്ള തീവ്രമായ കൊതിയോടുകൂടെ ഭഗവാന്റെ അടുത്തേക്ക് വന്നപ്പോ ഭഗവാൻ ആരാണ് വിജ്ഞായ ഇതറിഞ്ഞുകൊണ്ട് അഖില ദൃക് ദ്രഷ്ട ഈ കൃഷ്ണൻ ആരാണ് അഖില ദൃക് ദ്രഷ്ട അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്നപൊരു താൻ എന്നുറയ്ക്കുമളവ് ഹരിനാരായണായി എല്ലാവരുടെ ഉള്ളിലും ദൃഷ്ടിക്ക് ദൃഷ്ടിക്ക് ദൃഷ്ടിയായിരിക്കുന്നവൻ വെളി ദൃശ്യങ്ങൾക്ക് കണ്ണു ദൃക്ക് കണ്ണു ദൃശ്യം കണ്ണിന് മനസ്സൃക്ക് മനസ്സൃശ്യം മനസ്സിന് ബുദ്ധിക്ക് ആത്മാതൃക്ക് എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന അവബോധ സ്വരൂപനായോ പ്രഭു അവർക്ക് ദർശനമാത്രത്തിൽ നിർവികൽപ്പ സമാധിയുടെ അനുഭവം കൊടുത്തു അവരെ വിളിച്ചു ചോദിച്ചു നിങ്ങളിപ്പോ എന്തിനാ വന്ന കാര്യം കഴിഞ്ഞില്ലേ പോവാലോ തിരിച്ചുപോകൂ എന്ന് പറഞ്ഞു അവര് പറഞ്ഞു ഭഗവാനെ അങ് തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ അബദ്ധം അങ്ങിനെ പോലെയുള്ള ആള് പറയാൻ പാടില്ല വിവോ അർഹതി ഭവാൻ ഗതിദും നിശംസം സത്യം ഗുരുഷനിഗമം തിരിച്ചു പോവാൻ പറഞ്ഞാൽ വേദമേ തെറ്റിപ്പോകും വേദം എന്ത് പറയണു യദ്ഗത്വാനി തദ്ധാമ പരമം മമ എന്ന് അങ്ങ് തന്നെ ഗീതയിൽ പറയണു ഏതൊന്നിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചുപോക്കില്ലയോ അതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ അടുത്ത് വന്ന് തിരിച്ചു പോവാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കണു പതികളോ ഭ്രാതാക്കളോ ബന്ധുക്കളോ ഞങ്ങളെ സ്വീകരിക്കില്ല ഭഗവാൻ പറഞ്ഞു ഞാൻ പൂർണ്ണമായി ആശീർവദിക്കുന്നു രണ്ടു വിധത്തിൽ ഭക്തന്മാർക്ക് ആശീർവാദം ഒരുവിധത്തിലുള്ള ഭക്തന്മാർക്ക് ആത്മജ്ഞാനം ഉണ്ടാവുമ്പോൾ ഭഗവത് പ്രാപ്തി ഉണ്ടാവുമ്പോൾ സമൂഹവും വീട്ടിലുള്ളവരും ബന്ധുക്കളും എല്ലാവരും അവരെ സ്വീകരിക്കും ഭഗവാൻ ആരെ സ്വീകരിച്ചു അവരെല്ലാരും സ്വീകരിക്കും എന്താന്ന് വെച്ചാൽ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ നടക്കാനുണ്ട് എല്ലാവരും സ്വീകരിക്കും അങ്ങനെയുള്ളവരാണ് ഈ വിപ്രപത്നികൾ അവരെ ഭർത്താക്കന്മാരൊക്കെ സ്വീകരിച്ചു മാത്രമല്ല ഞങ്ങൾ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത ആത്മാനുഭവം ഇവർക്ക് കിട്ടിയല്ലോന്ന് അവർ അഭിമാനിച്ചു അവർ ബഹുമാനിച്ചു അങ്ങനെ വിളിച്ച് വീട്ടിൽ വെച്ചു ഗോപസ്ത്രീകൾക്കാവട്ടെ എല്ലാം പോയി അത് വേറെ ഒരു വിധത്തിൽ അനുഗ്രഹം ഇതെല്ലാത്തിനെയും ഭഗവാൻ ശരിയാക്കി അവിടെ പോയി അങ്ങനെ ഇവർക്ക് വിപ്രപത്നികൾക്ക് ഭഗവാൻ ചെയ്ത അനുഗ്രഹം നീ അടുത്തത് ഗോവർദ്ധനോദ്ധാരണം ഗോവിന്ദ അക്രൂരദൂത്ത് കംസവ്രതം മുതലായിട്ടുള്ളതൊക്കെ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം കിഗോപാൽ വിഹിതമഖസംഭ്രം സംഭാര വിഭവാൻ നിരീക്ഷ്യത്തം ശൗരെ ുധംസിതാ വിജാനപ്പേതമൃദുനന്ദ്ദിപുൻ അപൃച്ഛം ജനകേവനായിട്ടുള്ള ഭഗവാൻ ദേവേന്ദ്രന്റെ ഗർവം ഒന്ന് ശമിപ്പിക്കാനായിട്ട് ഒരു ലീലയാണ് ഈ ഇവിടെ ഇന്ദ്രപൂജ ചെയ്യാനായിട്ടുള്ള സംർപ്പാടുകളൊക്കെ നടക്കുന്നു വ്രജത്തില് അച്ഛനോട് ചോദിച്ചു നന്ദഗോപുരോട് ചോദിച്ചു എന്താണിപ്പോ ഈ ചെയ്യണത് നന്ദഗോപുര് പറഞ്ഞു കൃഷ്ണ ഇന്ദിരപൂജയാണ് ഇന്ദ്രനാണ് നമുക്ക് മഴ തരുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും ഇന്ദ്രന്റെ ഗർവം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ് കോവായം ജനകഭവതാം ഉദ്യമയി എന്താ ഈ ചെയ്യാൻ പുറപ്പെടുന്നത് നന്ദഗോപുര പറഞ്ഞു ഇന്ദ്രനാണ് നമുക്ക് മഴ തരുന്നത് അതുകൊണ്ട് ഇന്ദ്രന് വർഷം തോറും നടത്തുന്ന പൂജ യാഗം നമ്മൾ ചെയ്യാൻ പുറപ്പെടുകയാണ് ഇപ്പൊ ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു ഓരോ ജീവനും അവനവന്റെ കർമ്മത്തിനനുസരിച്ച് പ്രാരബ്ധത്തിനനുസരിച്ച് ഫലം കിട്ടണു ഇതിന് നടുവിൽ ഇന്ദ്രൻ എവിടെ വന്നു മഹാരണ്യെ വൃക്ഷാഹാ കിമിവ ബലിം ഇന്ദ്രായതേ കാട്ടില് വൃക്ഷങ്ങളുണ്ടല്ലോ അവർക്ക് മഴവെള്ളം കിട്ടണല്ലോ വൃക്ഷങ്ങൾ എവിടെയെങ്കിലും ഇന്ദ്രന് പൂജ ചെയ്യണോ യാഗം ചെയ്യണുണ്ടോ അതുകൊണ്ട് നമുക്ക് ഈ യാഗം ഇപ്പൊ ഇവിടെ വേണ്ടാം ഇതം താവത് സത്യം യതിഹ പശവോന കുലധനം ഇത് ഇതം താവത് സത്യം നമുക്ക് വ്യവഹാരികമായിട്ട് അറിയപ്പെടുന്നത് എന്താണ് പശുക്കളാണ് നമുക്ക് കുലധനം അതുകൊണ്ട് പശുക്കളെ പൂജിക്കാം ഈ പശുക്കളോ ഈ പർവ്വതത്തിലുള്ള വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും പുല്ലിനെയും ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പർവ്വതത്തിനെ ഗോവർദ്ധന പർവ്വതത്തിനെ പൂജിക്കാം സുരേഭ്യോപി ഉത്കൃഷ്ടാനനു ധരണി ദേവാ ദേവന്മാരെക്കാളും ഉത്കൃഷ്ടന്മാരാണ് ഭൂമിയിലുള്ള ദേവന്മാര് ബ്രാഹ്മണര് അതുകൊണ്ട് ബ്രാഹ്മണരെ പൂജിക്കാം ഈ മൂന്നും പർവ്വതങ്ങളെ പൂജിക്കാം പശുക്കളെ പൂജിക്കാം ബ്രാഹ്മണരെ പൂജിക്കാം ഇന്ദ്രപൂജ വേണ്ട ഇപ്പോ ഇത് കേട്ടെല്ലാവർക്കും അത് സത്യം എന്ന് തോന്നി അങ്ങനെ ഇന്ദ്രൻ കോപിച്ചാല് നമ്മളെ ഗോവർദ്ധനാദ്രി രക്ഷിക്കും യം ഗോത്രോ ഗോത്രദ്വിഷിച കുപിതേ രക്ഷിതുമലം സമസ്ത ജഘുഷു അഖിലാ ഗോകുലജുഷ ഭഗവാൻ പറഞ്ഞപ്പോ എല്ലാരും സമ്മതിച്ചു ഗർഗാചാര്യൻ മുതലായിട്ടുള്ളവരൊക്കെ സമ്മതിച്ചു അങ്ങനെ പൂജ ഗോവർദ്ധനാദ്രിക്ക് പൂജയായി ഭഗവാനെ സ്വയമേവ ശൈലോസ്മി ഞാനേ വൃക്ഷം ഞാനേ ഈ പർവ്വതം എന്ന് അഭിമാനിച്ച് പൂജയൊക്കെ സ്വീകരിച്ചു ഇത്രയും കഴിഞ്ഞപ്പോ ഇന്ദ്രനു കോപമായി മനുഷ്യനായിട്ട് ഉള്ള ഈ കൃഷ്ണൻ എന്നെ അപമാനിച്ചു എന്റെ ശക്തി ഞാൻ കാണിച്ചു കൊടുക്കണുണ്ടെന്ന് പറഞ്ഞു പ്രളയകാലത്തിലെ മേഘങ്ങൾ ആകാശത്തിൽ വന്നു നിറഞ്ഞു ദദൃശിലേ കില തക്ഷണമിത വ്രജപദോസ്തയാ ജലം കുടിച്ചിട്ടുള്ള കാർമേഘങ്ങൾ പ്രളയകാലത്തിലെ മേഘങ്ങൾ പോലെ ആകാശത്തിൽ വന്ന് നിറഞ്ഞ് ആകാശം മൂടി നിന്നു ഭഗവാനെ അങ്ങയുടെ ശരീരം പോലെ ഉണ്ടായിരുന്നു ആകാശം മേഘങ്ങൾ വന്ന് നിറഞ്ഞപ്പോ അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി ഘോരമായി ഇടിയും മഴയുമായി ഗോപന്മാരെല്ലാവരും ഭയന്നു ഗോവിന്ദം ശരണം ഗതാഹ ഗോവിന്ദനെ ശരണം പ്രാപിച്ചു ഭഗവാൻ എപ്പോഴാണ് ഗോവിന്ദൻ എന്നുപേര് ഗോക്കളെയും ഗോപന്മാരെയും രക്ഷിച്ചവൻ എന്ന് ബാഹ്യാർത്ഥം അന്തരാർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗോഹോ എന്ന് വച്ചാൽ വാക്ക് എന്നർത്ഥം വാക്ക് എന്ന് വെച്ചാൽ വേദം എന്നർത്ഥം വേദത്തിലെ മഹാവാക്യങ്ങൾ കൊണ്ട് അറിയപ്പെടേണ്ട പൊരുൾ ബ്രഹ്മം എന്നർത്ഥം അപ്പൊ ഗോവിന്ദൻ എന്നുള്ള നാമത്തിന് ബ്രഹ്മം എന്നർത്ഥം മഹാഭാരതത്തിൽ ഭഗവാൻ ഒരു സ്ഥലത്ത് പറയുന്നു ദ്രൗപതിക്ക് ഞാൻ കൊടുക്കേണ്ട ഋണം ഇനിയും തീർന്നിട്ടില്ല എന്താന്ന് വെച്ചാൽ വസ്ത്രാക്ഷേപ സമയത്ത് ഗോവിന്ദ ഇതി ചുക്രോശ ഗോവിന്ദ വിളിച്ചു പ്രിയം ഭഗവാനാ പേര് അപ്പോ ഗോവിന്ദനായ ഭഗവാനെ ശരണം പ്രാപിച്ചു ഗോപന്മാര് ഭഗവാൻ ആ മഹാപർവ്വതത്തിനെ എടുത്തുയർത്തി ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ ഈ ഗോക്കളെയും ഗോപന്മാരെയും എല്ലാരും കയറ്റി നിർത്തി കയ്യിലെ വിരലുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നിന്നു ഗോപന്മാരും എല്ലാരും അകത്ത് ചെന്ന് അവരോട് വർത്തമാനം പറഞ്ഞു തമാശ പറഞ്ഞു ഇവരാരും ഭഗവാന്റെ ആ ലീലയിലെ വൈഭവം ശ്രദ്ധിച്ചില്ല ആദ്യം ഒന്നു എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനുള്ള ഗതി കാരണം ഈ മഹാവൈഭവത്തിനെ ശ്രദ്ധിച്ചില്ല ഏഴ് ദിവസം മഴ പെയ്തു ൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഇവർ ആലോചിച്ചത് ഇതെന്താണ് ഇത്രയും ചെറിയ കുട്ടി ഏഴു വയസ്സായ കുട്ടി പർവ്വതത്തിനെ ഉയർത്തിപ്പിടിക്കുക എന്ന് വെച്ചാൽ വയസ്സല്ല എഴുപത് വയസ്സായാലും പറ്റില്ല ഈ വൈഭവത്തിനെ കുറിച്ച് ചിന്തിച്ച് എല്ലാരും നന്ദഗോപുരോട് ചോദിച്ചു നന്ദഗോപുർ പറഞ്ഞു സാക്ഷാത് പരമാത്മാവാണ് എന്ന് ഗർഗാചാര്യർ പറഞ്ഞിരിക്കണം ഗർഗാചാര്യരുടെ വചനത്തിന് അവിടെ പ്രമാണമായിട്ട് ഇവിടെ എടുത്തു പറഞ്ഞു കുറെ നേരം കഴിഞ്ഞ് ഇന്ദ്രന് കുറച്ച് ഏഴു ദിവസവും ഏഴു പകലും രാത്രിയും കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് ബോധംദിച്ചു ഇത് ബ്രഹ്മമാണ് പരമാത്മാവാണ് ഇന്ദ്രാതിദേവതകളൊക്കെ കൂടെ തന്നെ ദേവ ലോകഭരണം ചെയ്യുന്നവർ ഞങ്ങളാണ് ലോകം ഭരിക്കണത് എന്ന് ധരിച്ചപ്പോൾ ബ്രഹ്മം അവരുടെ മുമ്പിൽ ഒരു യക്ഷനായിട്ട് പ്രത്യക്ഷപ്പെട്ടു ദേവതകൾ ഓരോരുത്തരായി ആ യക്ഷത്തിന്റെ മുമ്പിൽ പോയി യക്ഷന്റെ മുമ്പിൽ പോയി വരുണം പോയി നിങ്ങൾ ആരാണ് ഞാൻ വരുണനാണ് വരുണനാണ് എന്താ ജോലി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഋതപരിപാലനം പ്രപഞ്ചത്തിന്റെ ഋതം ഓഹ് നിങ്ങളാണല്ലേ പാലിക്കണത് അതെ എന്നാ അതാ ഒരു പുല്ല് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നനച്ചു തരൂ നോക്കട്ടെ വരുണനല്ലേ വരുണന് ആ പുല്ലിനെയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല വരുണൻ തിരിച്ചുപോയി കുറച്ച് കഴിഞ്ഞപ്പോ വായു വന്നു ഏതാ ഡിപ്പാർട്ട്മെന്റ് വായുവാണ് ഞാനിങ്ങനെ വായുവായി വീശി എല്ലാവർക്കും പ്രാണവായു കൊടുക്കുന്നത് ഞാനാണ് ഓ നിങ്ങളാണല്ലേ ആ മഹാൻ ദാ പുല് ഈ പുല്ല് ഒന്ന് പറപ്പയ്ക്കു നോക്കട്ടെ ഒരു തൃണം മുമ്പിലിട്ടു വായുവിന് പുല്ലുവിനെ അനക്കാൻ പറ്റിയില്ല തലതാഴ്ത്തി പോയി അഗ്നി വന്നു എന്താ ജോലി എല്ലാവരുടെ ശരീരത്തിനെയും എരിക്കണ ജോലി തലയിലെഴുത്തും എനിക്കാണ് ഒരു പുല്ലിനെ മുമ്പിലിട്ടു അഗ്നിയോട് എരിച്ചു തരുവു നോക്കട്ടെ എന്ന് പറഞ്ഞു അഗ്നിക്ക് സാധിച്ചില്ല അവസാനം ഇന്ദ്രൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അദ്ദേഹം പോയി അപ്പൊ ആ യക്ഷനുണ്ടല്ലോ ഉമാ ശ്രീ പരമേശ്വരി പരമേശ്വരിയായിട്ട് പ്രകാശിച്ചു കേനോപനിഷത്ത് പരമേശ്വരിയായിട്ട് പ്രകാശിച്ചു ഉമാ ദേവിയായിട്ട് പ്രകാശിച്ചുകൊണ്ട് ഇന്ദ്രന്റെ മുമ്പിലും പുല്ലിട്ടു ഇന്ദിരനും സാധിച്ചില്ല സകല ദേവതകൾക്കും അപ്പോ മനസ്സിലായി ബ്രഹ്മത്തിന്റെ ശക്തി കൊണ്ടാണ് ദേവതകളൊക്കെ ചലിക്കുന്നത് ബ്രഹ്മത്തിന്റെ ശക്തി കൊണ്ടാണ് സകല പ്രാണികളും ചലിക്കുന്നത് ഇതറിയാതെ സ്വയമേവ ശക്തിയുള്ളവരാണെന്ന് അഹങ്കരിച്ചത് അതോടുകൂടി അസ്തമിച്ചു എന്നാണ് അപ്പൊ അതേപോലെ ഇവിടെ ഇന്ദ്രനും ഭഗവാൻ ഇന്ദ്രഗർവശമനം പരമാത്മാവിന്റെ ശക്തിയെ നിരാകരിച്ചു സ്വയമേവ ശക്തൻ എന്ന് ധരിച്ചാൽ അംഗത്തിനെവിടെ ശക്തി കൈ അഹങ്കരിച്ചാൽ ഞാനാണ് കാര്യമൊക്കെ ചെയ്യണത് എന്ന് കൈയ്യെ ഈ ശരീരത്തിന് വെട്ടിമാറ്റിയിട്ടാൽ കയ്യെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കൊണ്ടുപോയി അടുപ്പിൽ ഇടാൻ ഉള്ളൂ കത്തിച്ചു കളയാനേ പറ്റുള്ളൂ എന്നല്ലാതെ ആ കൈ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റില്ല അതുപോലെ അംഗങ്ങളാണ് ഈ ദേവതകളൊക്കെ ഈശ്വരന്റെ ഇന്ദ്രൻ ഭഗവാന്റെ മുമ്പിൽ വന്ന് സ്തുതിച്ചു വിശുദ്ധ സത്വം തവധാമ ശാന്തം തപോമയം ധസ്തരജസ്തമസ്കം വിദ്യത്തെ ഗ്രഹണാനുബന്ധ ഭഗവാനെ കലർപ്പില്ലാത്ത സത്വമേ അങ്ങയുടെ സ്വരൂപം സകല ഗുണങ്ങളും മായയും മാറിയിട്ടുള്ള ബ്രഹ്മമാണ് ബോധസ്വരൂപനാണ് അവിടെ നിന്ന് നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവനാണ് അവിടെ നിന്ന് മായാസ്പർശമേൽക്കാത്ത ബ്രഹ്മവസ്തുവാണ് എന്ന് ഭഗവാനെ ഇന്ദ്രൻ സ്തുതിച്ചു ുരഭി പശുക്കളെയൊക്കെ രക്ഷിച്ചു ഭഗവാൻ അപ്പൊ പശുക്കളുടെയൊക്കെ പ്രതിനിധിയായി സുരഭി ഗോലോകത്തിൽ നിന്നും തൈരും ബാലും കൊണ്ടുവന്ന് ഭഗവാനെ അഭിഷേകം ചെയ്തു ഇന്ദ്രൻ വജ്ര ഐരാവതത്തിന്റെ തുമ്പിക്കൈ കൊണ്ട് എടുത്തിട്ടുള്ള സ്വർഗംഗാജലം കൊണ്ടുവന്ന് ഭഗവാനെ അഭിഷേകം ചെയ്തു അങ്ങനെ ഗോവിന്ദ പട്ടാഭിഷേകം ചെയ്തു ഇത് കഴിഞ്ഞതും ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ വാക്കുകൊടുത്തിരുന്നു അവർക്ക് ആനന്ദം കൊടുക്കാം അവരാശിച്ചിരിക്കുന്ന ഭഗവത് സംഗമം അതിനായിട്ട് ഭഗവാൻ തയ്യാറായി ശരത്കാല രാത്രി ആകാശത്ത് ചന്ദ്രൻ ഉയർന്നു വന്നു പൗർണമി തെളിഞ്ഞ ചന്ദ്രിക വെള്ളിത്തട്ടുപോലെ ആകാശത്തിൽ ചന്ദ്രൻ പ്രകാശിച്ചു തതോടു രാജക്കകുപ് മുഖം ച്ചലിപൻ അരുണേന ശമീ സ ചർഷണീന ഉദഗാച്ുജോമൃജൻ പ്രിയ പ്രിവ ദീർഘദർശന ദൃഷ്ട रमाननाभं മുമണ്ഡലാഭം നവകുങ്കുമാരുണ വനം ചത് കോമളഗോഭ ജഗൗ കളം വാമദൃശാം മനോഹരം നിശമ്യ ഗീതം തദനംഗവർദ്ധനം വ്രജസ്ത്രീയ കൃഷ്ണ ഗൃഹീതമാനസ ഭഗവാൻ തന്റെ പുല്ലാങ്കുഴലെടുത്ത് വാദനം ചെയ്തു ആ വേണുഗാവാദനം ആ പൗർണമി ദിവസം രാത്രിയിൽ അതെങ്ങനെ ഓളം വെട്ടി രാസം എന്ന് വെച്ചാൽ എന്താണ് ജീവനും പരമാത്മാവനും തമ്മിലുള്ള ബന്ധമാണ് രാസം രസം എന്ന് വെച്ചാൽ ഇപ്പഴേ സപ്താഹത്തിൽ രസമില്ല അല്ലെങ്കിൽ രസമുണ്ട് അല്ലെ എന്തു വിഷയത്തിലാണെങ്കിലും നമ്മൾ പറയേണ്ടത് എന്താ രസമായിട്ടിരുന്നാൽ സമയം പോയതേ അറിഞ്ഞില്ല രസമില്ലെങ്കിലോ അയോ ബോറടിക്കുന്നു എപ്പ കഴിയും എപ്പ കഴിയും എപ്പ കഴിയും രസമായിട്ടിരിക്കുമ്പോ പതിനായിരക്കണക്കിന് വർഷം പോണതറിയില്ല പരയുടെടപാല് നുകർന്ന ഭാഗ്യവാൻമാർക്കൊരു പതിനായിരം ആണ്ടൊരല്പനേരം പരമാനന്ദത്തിന്റെ രസമാകുന്ന പാല് കുടിച്ചവർക്ക് പതിനായിരക്കണക്കിന് വർഷങ്ങളിൽ ക്ഷണം പോലെ പോകും എന്നാലോ ജഡമായ വസ്തുക്കളെ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും ആ അരനൊടി ആയിരം വർഷം പോലെ തോന്നും സമയം പോണില്ല പോണില്ല രസിക്കുമ്പോ രസമേർപ്പെടുമ്പോ ആനന്ദം ഭഗവാന്റെ സ്വരൂപമേ രസം രസോ വൈസ രീഭവീ ഉപനിഷത്ത് തന്നെ പറക്ക് ജീവിക്കണതിന് കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ എന്തോ രസമുണ്ട് എന്തുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കണില്ല രസമുണ്ട് ജീവിക്കുമ്പോ എന്തോ രസം അല്ലെങ്കിൽ നാളെ എന്തോ രസം കിട്ടാൻ പോകണോ അതിനു വേണ്ടി ഇല്ലേ രസം ചാപ്പാട് കഴിക്കുന്നതിൽ ഒരു രസമുണ്ട് കൂട്ടാൻ കഴിഞ്ഞാ രസം അത് കഴിഞ്ഞ മോരം അപ്പൊ ആ ഒരു രസമുണ്ട് എന്താ അതിന് രസം എന്ന് വെച്ചാൽ തമിഴ് പേരാണ് അത്രയത് കാഞ്ചി പരമാചാര്യര് ഒരു വെപ്പുകാരനോട് ചോദിച്ചു കൂട്ടാനും നമ്മൾ കൂട്ടാനെന്ന് പറയും അതിന് കുഴമ്പെന്ന് പറയും തമിഴ് കുഴമ്പെന്ന് വെച്ചാൽ നമുക്കറിയാം കുഴമ്പാന്ന് വെച്ചാൽ കൺഫ്യൂഷൻ അതുപോലെ തമിഴിൽ ഈ കഷ്ണം നുറുക്കിയിടുന്നതിന് കൂട്ടാനില് കഷ്ണം നുറുക്കിയിടുന്നതിന് താൻ എന്നാണ് പറയാ താൻ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഏതോ കൂട്ടുപരയിലേ ഒരു തമിഴ് ബ്രാഹ്മണൻ ഊണ് കഴിക്കുമ്പോ നമ്പൂരി വിളമ്പാണ് നമ്പൂരി വിളമ്പുമ്പോ കൂട്ടാൻ ഒഴിക്കണ സമയത്ത് താൻ വേണ്ടെന്ന് പറഞ്ഞു നമ്പൂരിയോടെ ആപ്പ ചോട്ടലിട്ടിട്ട് പറഞ്ഞു മുപ്പത് കൊല്ലമായിട്ട് ഞാൻ വിളമ്പണ് ഇതുവരെ ആരും താൻ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ താൻ എന്ന് വെച്ചാൽ കഷ്ണം എന്നാണ് അർത്ഥം ഈ കൂട്ടാനിലുള്ള കഷ്ണം അഹങ്കാരം എന്നും അർത്ഥമുണ്ടല്ലോ താൻ താൻ എന്നൊരു തോന്നല് താൻ എന്നൊരു വിചാരം പരമാചാരി അർത്ഥം പറഞ്ഞത് താൻ ഉണ്ടെങ്കിൽ കുഴമ്പ് താൻ പോയാൽ രസം ആ അഹങ്കാരം പോയാൽ രസം എന്നാണ് അഹങ്കാരം ഇല്ലെങ്കിൽ രസമേ ഉള്ളൂ പിന്നെ രസം അഹങ്കാരമുള്ളപ്പോൾ ഞാൻ ചെയ്യണോ ഞാൻ അനുഭവിക്കണേ ഈ കർത്തൃത്വമുള്ളത്തോളം കുഴമ്പാണ് കൺഫ്യൂഷൻ ആയിക്കൊണ്ടേ ജീവിതം മുഴുവൻ കൺഫ്യൂഷൻ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ അങ്ങനെ ഇങ്ങനെ അത് അഹങ്കാരം പോയ രസം പിന്നെ മുഴുവനുള്ളത് ഈശ്വര സ്വരൂപമാണ് അപ്പൊ രസം എന്ന് വച്ചാൽ എന്താ എവിടെ അഹങ്കാരം പോയോ അവിടെ രസം പരമാത്മാവുമായി രസിച്ചു രസം എപ്പോഴുമേ അനു രസം രസിക്കുക എന്നുള്ളത് ഭഗവാനിൽ മാത്രം ഉള്ളതാണ് മധുരം എന്ന് പറഞ്ഞ് കൃഷ്ണനെ കുറിച്ച് പാടിയില്ലെ എല്ലാം മധുരം മധുരം എന്ന് വെച്ചാൽ എന്താ രസം അധരം മധുരം മദരം മധുരം മധുരാധിപത്തെ അഖിലം മധുരം അതേപോലെ ഭഗവാനെ രസം എന്ന് പറഞ്ഞു പാടണം ജ്ഞാനസം മുനിവേദ്യസം ഭവരോഗ്യരസം യോഗിഗണാദൃത ഭാവരസം ശിവമാകലയേ നിജബോധരസം യയമാശ്രയം ശ്രിത ഭക്ിത പാളന ഭാക്ഷരം ശിവമാകലേ നിജ ബോധരസം ഏകമനശ്രയതം ശ്രിത ഭക്ത പാളന രസമേ ഭഗവത് ഭഗവത് സ്വരൂപം രസിക്കുക എന്നുള്ളത് ഭഗവാന്റെ സ്വരൂപം രസം എങ്ങനെ ജഡത്തിലുണ്ടാവും ജഡത്തിൽ രസമേ ഇല്ല അലൗകികമായ വസ്തുവിൽ നിന്നാണ് രസം ഉണ്ടാവുന്നത് ആത്മാവിലാണ് രസമുള്ളത് ആത്മാവിന്റെ സ്വരൂപമാണ് രസം ജഡത്തിനൊരിക്കലും രസാനുഭവം ഇല്ല ആത്മാവിൽ നിന്ന് രസം പൊന്തി വരുന്നു രസിക്കുക ആ രസാനുഭവം വിച്ഛിത്തിയില്ലാതെ ഏർപ്പെടുന്നതാണ് രാസക്രിയ വിച്ഛിത്തിയില്ലാതെ ഏറ്റവും ഉയർന്ന രസം ഒരു ജീവൻ അനുഭവിക്കണത് എവിടെ വിഷയങ്ങളിലൊക്കെ രസമുണ്ട് ഇല്ലാന്ന് പറയണെങ്കിൽ വിശക്കുമ്പോ ശാപ്പാട് കഴിക്കുമ്പോ ഒരു രസമുണ്ട് എത്ര നേരത്തേക്ക് നിൽക്കും അടുത്ത നേരം ശാപ്പാട് കഴിച്ചാലിപ്പോ പായസം കുടിക്കുമ്പോ രസമുണ്ട് ചിലർക്ക് ഒരു തവിയോടെയെ രസം പോയി ചിലർക്ക് രണ്ട് തവി ഒഴിച്ചാൽ രസം പോവും ചിലര് മഹാഗംഭീരന്മാരുണ്ട് പത്ത് പന്ത്രണ്ട് പതിനെട്ടോ ഒക്കെ ആവും എന്നാലും അതിന് മേലെ ഒഴിച്ചാൽ അടിക്കാൻ വരും ഈ രസം അതിന്നു പോയി അപ്പൊ എന്താ അപ്പൊ രസത്തിന് അവിടെയൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റ് ഒരു സ്ഥിതി എത്തുമ്പോ ലിമിറ്റേഷൻ അവധിയുണ്ട് പക്ഷെ അവധിയില്ലാത്ത രസം എന്ന് പറയുന്നത് ഒരേ ഒന്നിലേ ഉള്ളൂ മനസ്സിനെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ ആ രസം മാത്രം അവധിയേ ഇല്ല ഉറക്കത്തിൽ പോലും നോക്കൂ മനസ്സിനെ മാറ്റി വച്ചിട്ട് ഉറങ്ങുന്നത് കൊണ്ട് മനസ്സ് ലയിക്കണത് കൊണ്ട് ഉറക്കത്തിലെ രസം ആർക്കെങ്കിലും എന്തെങ്കിലും മതിയാവണുണ്ടോ ഉറക്കമേ വളരെ അടുത്ത് നിൽക്കണോ ആത്മാവിന് പക്ഷെ ഉറക്ക സ്ഥിതിയില് ഉള്ള രസം പോലും നമുക്ക് മതിയാവണില്ല അപ്പൊ സമാധിയെക്കുറിച്ച് പറയണം സമാധിയിലേർപ്പെടുന്ന രസം സമാധിയിലെ രസത്തിനും അവധിയില്ല സമാധിയിൽ ഏർപ്പെടുന്ന രസത്തിനും അവധിയില്ല എത്ര അനുഭവിച്ചാലും മതി എന്ന് ദേഷ്യം വരില്ല ഇനി വേണ്ടാന്ന് തോന്നില്ല അലം എന്ന് ബുദ്ധി വരാത്ത ഒരേ ഒരു രസാനുഭവം ഈശ്വരാനുഭൂതി ഭഗവത് അനുഭൂതി ഏർപ്പെടുമ്പോ ഉണ്ടാവുന്ന രസം യോഗ സമാധി രസം അതാണ് യോഗിഗമ്യം അനുഭാവയൻ എന്ന് പറഞ്ഞത് യോഗികൾ അനുഭവിക്കുന്ന രസത്തിന് ബ്രഹ്മസമ്മത രസാകുലാഹ സദസി കേവലം നനർത്തു അങ്കനാഹ ബ്രഹ്മാനുഭവ രസം ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ബ്രഹ്മസുഖത്തിനെ അനുഭവിക്കുന്ന യോഗികൾ ഏതൊരു രസത്തിനെ അനുഭവിക്കുമോ ആ രസത്തിൽ രസസമുദ്രത്തിൽ നീന്തിക്കളിച്ചുമാണ് അല്ലാതെ സാധാരണ കാമകേളിയിൽ ഏർപ്പെടുന്ന രസവും എത്ര നേരത്തേക്കുണ്ടാവും തുച്ഛം കണ്ടൂയനേന കരയോഹോ ബഹുദുഃഖദുഃഖം അത് വെറും ദുഃഖം കുറച്ചു നേരത്തേക്കുള്ള സുഖം അതോടെ ദുഃഖമായിട്ട് മാറും അപ്പൊ പരമമായ രസം ഒരിക്കലും നിന്നു പോവാത്ത രസം ശാശ്വതമായ രസം പരമേശ്വര സ്വരൂപത്തിനെ ഹൃദയത്തിൽ അനുഭവിക്കുമ്പോൾ ഏർപ്പെടുന്ന രസം അതിന് വിഛിത്തിയേ ഇല്ല മതി എന്ന് തോന്നില്ല അതിന് ആഫ്റ്റർ എഫക്ട് ഇല്ല അത് യാതൊരു വിധത്തിലും അതിനൊരു ബൗണ്ടറിയേ ഇല്ലാത്ത രസം ആ രസത്തിനെ ആരനുഭവിച്ചുവോ അവർക്ക് ബാക്കിയുള്ളതൊക്കെ തുച്ഛം ആ രസം ആര് കണ്ടുവോ അവർക്ക് ബാക്കിയുള്ളതൊക്കെ തുച്ഛം ആ പരമാനന്ദ രസത്തിൽ ഒന്ന് മുങ്ങിയവർ അതിനെ അല്പമൊന്ന് കുടിച്ചവർക്ക് ബാക്കിയുള്ളതൊക്കെ വെറും വശം പോലെ തള്ളിക്കിളും അങ്ങനെയുള്ള രസത്തിനെയാണോ ഗോപസ്ത്രീകൾ ഭഗവാനിൽ കണ്ടത് രസസ്വരൂപൻ രാസക്യം കൃഷ്ണനിലുള്ള പോലെ വേറെ എവിടെ ഉണ്ട് അങ്ങനെ ഭഗവാന്റെ ആ രസസ്വരൂപനായ കണ്ണനെ കണ്ടു ഭഗവാൻ ഇവർക്ക് അനുഗ്രഹം ചെയ്യാനായി വേണുകാനം ചെയ്തു വേണുഗാനം ഭഗവാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗോപസ്ത്രീകൾ കേട്ടു നമ്മൾ കേൾക്കണില്ല അത്രയേ വേണുഗാനം എപ്പോഴും ഭഗവാന്റെ വേണുഗാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത് എപ്പോ വിളി കെട്ടുവോ അപ്പൊ ഇറങ്ങിപ്പോവുക എന്നാണ് ആലോചിക്കാതെ ഇറങ്ങിപ്പോവുക അങ്ങനെയാണ് ഗോപസ്ത്രീകൾ ഇറങ്ങിപ്പോയത് വേണുഗാന ശ്രവണ മാത്രത്തില് ഭർത്താവിന് വിളമ്പിക്കൊണ്ടിരിക്കുന്നവൾ പാത്രവും തവിയും ഒക്കെ അവിടെ ഇലയിലിട്ടിട്ട് ഓടിപ്പോയി എത്രയും നമ്മൾ ചെയ്യാമ പാത്രം വെച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ വേണുഗാനും കേൾക്കില്ല അങ്ങനെയാണ് മുനികൾ പറയണത് യഥഹരേവ വിരജി തദഹരേവ പ്രവ്രജത് എപ്പ കേട്ടുവോ അപ്പൊ ഏത് അവസ്ഥയിൽ അപ്പൊ വീട്ടിലത്തെ കാര്യം അത് നടന്നോളൂ ലോകക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞത് വെറുതെ കള്ളമല്ല അപ്പൊ ഗോപസ്ത്രീകളുടെ സ്ഥിതി അങ്ങനെയാണ് അവരാലോചിച്ചതേ ഇല്ല അല്പം പോലും ആലോചിച്ചില്ല വ്യവഹാര കുശലന്മാരല്ല വ്യവഹാര കുശലന്മാര് പാരമാർത്ഥികത്തിനെ നഷ്ടപ്പെടുത്തും പാരമാർത്തികത്തിൽ കുശലന്മാര് വ്യവഹാരത്തിൽ അറിവില്ലാത്ത മണ്ടൂസന്മാരെ പോലെ പെരുമാറും പക്ഷേ വ്യവഹാരം ഭഗവാൻ നോക്കിക്കോളു ഭഗവാൻ നോക്കിക്കോൾ എങ്ങനെയെങ്കിലും നോക്കിക്കോ ഇവിടെ മഹാരാഷ് ഗുജറാത്തിലെ നരസിംഹമേത്ത എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ടായു നരസിംഹമേത്ത എന്ന് പറഞ്ഞ ഭക്തൻ പരമഭക്തൻ അതേസമയം പരമദരിദ്രൻ അദ്ദേഹത്തിന് കാര്യം ഒന്നും നോക്കാൻ അറിയില്ല അദ്ദേഹത്തിന് ഒരിക്കൽ മഹാകഷ്ടമായ ഒരു സ്ഥിതി വന്നു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം ആ കഥ മുഴുവൻ നമ്മൾ കണ്ടാൽ വിചിത്രമായിത്തു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം എവിടെയോ കല്യാണത്തിന് വാക്കുകൊടുത്തു ആ വീട്ടില് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു ഒരാൾ വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി അത് സന്തോഷമായി പോയി എന്ന് വിചാരിച്ചതാണ് കല്യാണം കഴിച്ച വീട്ടിൽ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇത്ര പവൻ തന്നാലേ കൊണ്ടുപോളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ പരമദരിദ്രനാണ് ഇദ്ദേഹം എല്ലാവർക്കും അറിയാം ആ നാട്ടില് അന്നൊക്കെ ഈ വ്യാപാരികൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഇന്നൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നുണ്ടോ അതുപോലെ അന്നും ഉണ്ടായിരുന്നു വ്യാപാരികൾ എന്ത് വെച്ചാൽ പല സ്ഥലങ്ങളിലായിട്ട് തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ വലിയ വലിയ വ്യാപാരികൾക്ക് കേന്ദ്രം ഉണ്ടാവും ഇപ്പൊ ഇവിടുന്ന് ഇവർ ഒരു എഴുതി കൊടുത്താൽ ആ ചീട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ അവർക്ക് പണം കൊടുക്കും പണം എടുത്തോണ്ട് പോകണ്ട അപ്പൊ ഇവരുടെ ഗ്രാമത്തിൽ വന്നപ്പോ ഒരു വ്യാപാരി വന്നിട്ട് ആ ഗ്രാമത്തിലുള്ളവരോട് ചോദിച്ചു ഇവിടെ അങ്ങനെ വ്യാപാരം നടത്തുന്ന വലിയ പണക്കാരെങ്കിലും ഉണ്ടോ അവിടെ ചില ചെറുപ്പക്കാരോ കുറുംബന്മാരായിട്ടുള്ളവർ എന്തു പറഞ്ഞു ഞങ്ങളുടെ അവിടെ ഏറ്റവും വലിയ പണക്കാരൻ നരസിംഹമേഹത്താവാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചാൽ അദ്ദേഹം അടുത്ത നേരത്തിന് പണത്തിന് വഴിയില്ലാതെ ഇരിക്കുക നരസിംഹമേതാവാണ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി ഇദ്ദേഹമാണെങ്കിൽ എവിടെ പോണെന്ന് വെച്ചാൽ ദ്വാരകയ്ക്ക് പോവാണ് തീർത്ഥയാത്രയായിട്ട് ദ്വാരകയ്ക്ക് പോണു അങ്ങനെയാണ് ഓർമ്മ എനിക്ക് കഥ ശരിക്കും ഓർമ്മയില്ല തീർത്ഥയാത്രയായിട്ട് പോവാണ് അല്ല ശരിക്കും ഓർമ്മയില്ല ഒരു തീർത്ഥക്ഷേത്രത്തിലേക്ക് പോവുക ആ തീർത്ഥക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നരസിംഹമേത്തയുടെ അടുത്ത് വന്നു പറഞ്ഞു ഇതുമാതിരി ഇദ്ദേഹം വിഷമിച്ച് വളരെ ദുഃഖിച്ചിരിക്കുക ആ മകളെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടാക്കണം പൈസ കൊടുത്ത് ഇത്ര പവൻ കല്യാണം കഴിഞ്ഞു ഇനി വേറൊരിടത്ത് കൊടുക്കാൻ നിർത്തിയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഈ വ്യാപാരി വന്നിട്ട് പറഞ്ഞു സ്വാമി നിങ്ങൾ ഇങ്ങനത്തെ വ്യാപാരം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു വലിയ വ്യാപാരിയാണെന്ന് കേട്ടു എന്റെ പണം നിങ്ങളൊന്നും ഇവിടെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അവിടുത്തെ വ്യാപാരിക്ക് ഒരു ചീട്ട് തരണം ദ്വാരകു തന്നെ വെച്ചോളൂ എനിക്ക് ഓർമ്മയില്ല തീർത്ഥ ആ തീർത്ഥക്ഷേത്രത്തിലെ ദ്വാരകയിലേക്കുള്ള വ്യാപാരിക്ക് എനിക്ക് ചീട്ട് തരണം നരസിംഹമേത്ത ഒരു ക്ഷണം ആ കയ്യിൽ കൊണ്ടുവന്ന പണം എത്ര കൊടുക്കണമോ അത്രയുണ്ട് ഈ വ്യാപാരി എന്തു വിശ്വസിക്കും എന്ത് ചെയ്യും അദ്ദേഹം ആലോചിച്ചു അത്രേ ഭഗവാനെ ഇത് അങ്ങ് കൊണ്ടു വേഗം ഒരു കടലാസെടുത്തിട്ട് ആ പേരും കൂടെ എന്തോ ഒരു ഭഗവാന്റെ പേര് വെച്ചിട്ട് ഒരു അഡ്രസ് അദ്ദേഹം കടലാസിലെഴുതി ഒപ്പിട്ട് കൊടുത്തു അത്രയും അവിടെ പോയിട്ട് വാങ്ങിച്ചുകൂടാ എന്റെ വ്യാപാര കേന്ദ്രമാണ് ഒരു ഭക്തനിങ്ങനെ ചെയ്യോന്ന് വെച്ചാൽ ഭഗവാനെ അത്ര കണ്ട് വിശ്വാസം ഭഗവാൻ ചെയ്യും അദ്ദേഹം വിചാരിച്ചു ഭഗവാൻ അങ്ങനെ ചെയ്തിട്ടുവോ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ ആ വേഗത്തിൽ മകൾ ഇങ്ങനെ കിടക്കണമല്ലോ എന്നുള്ള വേഗത്തിൽ ഭഗവാന്റെ പേര് പേപ്പറിൽ എഴുതിയിട്ട് ഒരു അഡ്രസ്സ് എഴുതിയിട്ട് കൊടുത്തു ഈ വ്യാപാരി ഇതും വിശ്വസിച്ച് ഈ പണത്തിന് കൊടുത്തിട്ട് പോയി ഈ പണം കൊടുത്തു മകളെ അദ്ദേഹം അതിനുശേഷം ആറു മാസക്കാലം വീട്ടിൽ ഉരുണ്ടും പെരണ്ടും കരച്ചില് ഞാൻ ഇങ്ങനെ ഒരു അപചാരം ചെയ്തുവല്ലോ കള്ളമായിട്ട് എഴുതി കൊടുത്തുവല്ലോ ആ നാമം എഴുതി ഞാൻ പറഞ്ഞ ഈ വ്യാപാരി അവിടെ പോയി കുറച്ചു ദിവസം കാത്തിരുന്നു നരസിംഹമേത്താ ചതിച്ചിട്ടുണ്ടാവോ ആരെയും കാണാനല്ലോ അവിടെ എവിടെ ചോദിച്ചാലും ഇങ്ങനെ ഒരു വ്യാപാരിയെ ഇല്ല അവിടെ ഏത് കടയിൽ ചോദിച്ചാലും ആ നരസിംഹമേഹ ചതിച്ചിട്ടുണ്ടാവോ എന്റെ പൈസയൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്തിട്ട് വന്നുവല്ലോ അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ട് വന്നുവല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്നപ്പോൾ ഒരാൾ ഒരു ദിവസം കുതിരയിൽ വന്ന് ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ മുമ്പ് നിങ്ങൾ നരസിംഹ മേധാ പറഞ്ഞു വെച്ചിട്ട് വന്നതാണോ ആ ചീട്ടിങ്ങോട്ട് തരിക എന്ന് പറഞ്ഞ് ചീട്ട് വാങ്ങിച്ചിട്ട് കുറെ അദ്ദേഹത്തിന്റെ ആ കണക്ക് ഉരുപ്പെട്ടി പണം കയ്യിൽ കൊടുത്തിട്ട് പോയി ഇക്കഥ വേറെ പിന്നെ നരസിംഹ മേഹത്താവിന അദ്ദേഹം കാണാൻ വരുന്നതും ഭഗവാൻ വന്നു എന്നുള്ളതും നരസിംഹ മേഹത്താ അപ്പോഴും ഭഗവാന്റെ അടുത്ത് കരുണു ഭഗവാനെ ഞാനൊരു മഹാപാപം ചെയ്തത് അങ് വെച്ച് കെട്ടി അപ്പോ വിശ്വാസം അത്ര കണ്ട് ഭഗവാൻ നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിൽ വിട്ടുകൊടുക്ക അല്ലെ നോക്കിക്കൊള്ളും അത്ര കണ്ട് വിശ്വാസം ലൗകികന് വരില്ല ലൗകികന് വരില്ല കുറച്ച് താൻ ബാധി ദൈവം ബാധി സാധാരണ മനുഷ്യന് അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനുള്ള ബുദ്ധി മനസ്സ് വരില്ല ഗോപസ്ത്രീകൾക്ക് വന്നു ആലോചിച്ചതേ കുടുംബത്തിൽ എന്താവും അവിടെ എന്താവും വിട്ടിട്ട് കൃഷ്ണൻ പുല്ലാങ്കുഴൽ കേട്ട ഉടനെ ഇറങ്ങിപ്പോയില്ലോ നരസിംഹമേത്ത അങ്ങനെ ഇറങ്ങിപ്പോയി അച്ഛൻ്റെ ശ്രാദ്ധ ദിവസം ശ്രാദ്ധ നടക്കാൻ പോണു അടുത്ത ദിവസം ഭാര്യ പറഞ്ഞു പോയിട്ട് ശ്രാദ്ധത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞതാണ് ശ്രാദ്ധത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ സമയത്ത് ഒരു ഭജന ആളുകള് ഭജന പാടുന്നവർ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് പോണു എവിടേക്കാ പോണതെന്ന് ചോദിച്ചു വൃന്ദാവനത്തിലേക്ക് ഞാൻ വരണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ പോയി വൃന്ദാവനത്തിൽ പോയി അവിടെ പോയി ആടി പാടി രസിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അച്ഛനെ ശ്രാദ്ധം ചെയ്തില്ല ശ്രാദ്ധത്തിന് പച്ചക്കറി വാങ്ങിക്കാം എന്നതാണെന്ന് ഓർമ്മ വന്നത് വീട്ടിൽ വരുമ്പോണ്ട് ഭാര്യ പറഞ്ഞു നിങ്ങള് ശ്രാദ്ധം കഴിച്ചിട്ടാണല്ലോ ഇവിടുന്ന് പുറപ്പെട്ടു പോയത് പോയിട്ട് വരാന്ന് ഭഗവാൻ വന്ന് ശ്രാദ്ധം ചെയ്തു ഇതൊക്കെ ഭക്തനാണെങ്കിൽ വിശ്വസിക്കാൻ യാതൊരുവിധ തടസ്സമല്ല ലൗകികനാണെങ്കിൽ യുക്തി ചിന്ത ചെയ്യും അതെങ്ങനെ സാധിക്കും ഇതെങ്ങനെ സാധിക്കും ആശ്ചര്യം സർവാശ്ചര്യമയേ അച്ഛുതേ ഭാഗവതം പറയണത് എന്താശ്ചര്യം വേദാന്തികൾക്കും വിശ്വസിക്കാൻ ഒരു പാടുവില്ല യുക്തി കൊണ്ട് മാത്രം വേദാന്തം ചെയ്യണവരാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കില്ല വേദാന്തം എന്ന് വെച്ചാൽ എന്താ ബ്രഹ്മം ഒന്നു മാത്രം സത്യം മായയിലെന്തും സംഭവിക്കാം സർവേശ്വരന്റെ ദൈവീശക്തിയാണ് മായ ആ മായയിൽ എന്തും സംഭവിക്കാം എന്തും ചെയ്യാം അഘടിത ഘടനാ പടിയ സീ മായ കർത്തും അകർത്തും അന്യതാകാ കർത്തും ശക്ത ഈശ്വരൻ എന്തും ചെയ്യാൻ ശക്തൻ എങ്ങനെയും എന്താ ഈ പ്രപഞ്ചത്തിനെയെ പ്രകാശിപ്പിക്കാം വെച്ചാൽ ഇങ്ങനെയൊക്കെ ആവിർഭവിക്കാനാണോ കഷ്ടം ആചാര്യസ്വാമികൾ ഉപനിഷദ് ഭാഷയത്തിൽ പറയുന്നു ഒരു ജീവൻ ഗുരുവില്ലല്ലോ എന്ന് രണ്ട് കണ്ണീര് വിട്ടാൽ മുമ്പില് സദ്ഗുരുവായിട്ട് വന്ന് നിൽക്കും ആവിർഭവിക്കാനാണോ കഷ്ടം സർവേശ്വരന് ജ്ഞാനഗുരുവായിട്ടുള്ള ഭഗവാന് ജീവന് വേണമെന്നുണ്ടെങ്കിൽ എന്തും കൊടുക്കാം അതുകൊണ്ട് ഭഗവാനിൽ പരമാത്മ ജ്ഞാനത്തിനെ കുറഞ്ഞൊന്നിനെ ആശിക്കരുത് അതിനെ ആശിച്ച് ശരിക്ക് കണ്ണീര് വിടുകയാണെങ്കിൽ പ്രഭു സദ്ഗുരുവായിട്ട് വന്ന് ബ്രഹ്മവിദ്യയെ തരും നമ്മൾ നമ്മളുടെ കഴിവിനെ വിശ്വസിക്കുകയോ കണക്കെടുക്കുകയോ ഏറ്റക്കുറവ് നോക്കുകയോ അളക്കുകയോ ചെയ്യാതെ ഭഗവാന്റെ ശക്തിയുടെ വൈഭവത്തിനെ മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ പരമാത്മ അനുഭവം ഉണ്ടാവാൻ ക്ഷണനേരം വേണ്ട നമുക്ക് എന്താ പിന്നെയോ ഉണ്ടാവാത്തതെന്ന് ഇപ്പോഴും നമ്മളുടെ കുറവുകളൊക്കെ നമുക്കറിയാം നമുക്ക് കുറവുണ്ട് നമ്മളെ സാധിക്കില്ല നമ്മളെ നമ്മൾ അളക്കാം നമ്മളെ നമ്മൾ അളന്നുകൊണ്ടും നമ്മളെ നമ്മൾ തിട്ടപ്പെടുത്തി കൊണ്ടും കഴിവുകളെ നമ്മൾ തന്നെ അവഗ്രഥിച്ചുകൊണ്ടു വരുന്നാൽ പ്രഭുവിന്റെ കൃപാശക്തി വേല ആ കൃപാശക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ജീവന്റെ ശക്തി എത്ര ക്ഷുദ്രമായിരിക്കട്ടെ എത്ര പ്രബലമായിരിക്കട്ടെ പ്രയോജനമില്ല ജീവന്റെ ശക്തിയുടെ പ്രാബല്യവും ക്ഷുദ്രഭാവവും ഒക്കെ ലോകവ്യവഹാരത്തിന് കൊള്ളാം പക്ഷെ ബ്രഹ്മാനുഭവത്തിൽ എത്ര പ്രബലനാണെങ്കിലും ഈ ജീവന് സ്വശക്തി കൊണ്ട് പരമാത്മാ അനുഭൂതിയെ നേടാനും പറ്റില്ല ഈ ജീവന്റെ ശക്തി എത്ര ക്ഷുദ്രമാണെങ്കിലും ബ്രഹ്മാനുഭവത്തിൽ ഈ ജീവന്റെ ശക്തി ക്ഷുദ്രമാണ് എന്നുള്ളതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റില്ല എന്നില്ല അതിനുദാഹരണമാണ് യു ഗോപസ്ത്രീകൾ ഒരറിവില്ലാത്തവര് അവ്രതാഹ അതപ്തപ എന്നൊക്കെ ഏകാദശത്തിൽ ഭഗവാൻ പറഞ്ഞു ഒരു വ്രതവും ചെയ്തിട്ടില്ല ഒരു തപസ്സും ചെയ്തിട്ടില്ല ഒരു യോഗം ചെയ്തിട്ടില്ല ഒരു അനുഷ്ഠാനം ഇല്ല നാധീത ശ്രുതിഗണാഹ നോപാസിത അവർ തപസ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവര് അവരവരെ വിശ്വസിച്ചില്ല അവരെ അവഗ്രഥിച്ചില്ല അവര്യാതൊരു വിധത്തിലും ഇല്ല ഭഗവാന്റെ അടുത്തുള്ള ബന്ധമോ ജാരാത്മനാ നതു പരമാത്മതയാ സ്മരന്ത്യാ ആദ്യം ജാരാത്മനാവാണ് ബുദ്ധി ഭഗവാനോട് പ്രേമമാണ് ആ പ്രേമത്തിൽ ഭഗവാന്റെ ആകർഷണ വലയത്തിൽ പെട്ടു കാന്തം ഇരുമ്പിനെ ആകർഷിക്കണ പോലെ പ്രഭു ആകർഷിച്ചു സർവം മറന്നുപോയി ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നു വ്യത്യസ്ത വസ്ത്രാഭരണാഹ എന്നാണ് ചെവിയിലിടേണ്ട ആഭരണം മൂക്കിലിട്ടു മൂക്കിലിടേണ്ട ആഭരണം ചെവിയിലിട്ടു കഴുത്തിലിടേണ്ടത് ഇടുപ്പിലുടുത്തു പല വിധത്തിലും വിഡ്ഡിവേഷം എന്ന് പറയില്ലേ അതുപോലെ വേഷം കെട്ടി അവർ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നു യാതൊന്നും അറിയാതെ ഭഗവാൻ ചോദിച്ചു നിങ്ങളൊക്കെ എന്താ ഈ സമയത്ത് വന്നിരിക്കുന്നത് പതിധർമ്മ പതിവ്രതാ ധർമ്മത്തിനെ ഉപദേശിച്ചു ഭഗവാനിനോട് ഗോപസ്ത്രീകൾ പറഞ്ഞു ഭഗവാനെ അങ്ങേക്കാളും ഈ വിഷയത്തിൽ ഞങ്ങൾ മിടുക്കംമാരാ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പതിവ്രതാധർമ്മം തന്നെയാ പാലിക്കണം ആരാണ് പതി പതിവ്രതാധർമ്മം എന്ന് വെച്ചാൽ എന്താണോ ഭഗവാൻ പറഞ്ഞു ഒരേ പതി ആ പതിയെ തന്റെ സർവസ്വമായിട്ട് കരുതണം പൂജിക്കണം ആരാധിക്കണം എല്ലാം ശരി വാസ്തവം പക്ഷെ പോയ ജന്മത്തിലൊരു പതി അതിനു മുമ്പിലത്തെ ജന്മത്തിലൊരു പതി അതിനു മുമ്പിലത്തെ ജന്മത്തിലൊരു പതി അതിന്റെ മുമ്പിൽ ജന്മത്തിലൊരു പതി അപ്പൊ ഞങ്ങൾ പതിവ്രതകളാണോ പിങ്കളയല്ലേ ഞങ്ങള് അതാണ് പിങ്കള ഏകാദശത്തിലെ പിംഗള ഈ പിങ്കിള എന്ന് പറയുന്നത് ജീവനാണ് ഒരു വേശ്യമല്ല അപ്പൊ എത്ര ജന്മത്തിൽ എത്ര പതികൾ എത്ര പതികളിൽ ഇരുന്നിരിക്കണു അപ്പൊ ഒരേ പതിയെ ആശ്രയിക്കണം എന്ന് വെച്ചാൽ ആരായി ഈ ലോകത്തിലെ എല്ലാവർക്കും ഒരേ പതിയായിട്ടുള്ളത് ഗതിർ ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജമവ്യയം അപ്പൊ ഭർത്ത എന്നുള്ള പദം എവിടെ യോജിക്കും ഭഗവാനിലല്ലാതെ എവിടെ യോജിക്കും എല്ലാവർക്കും പതിയായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ പ്രഭു ഭഗവാൻ അതുകൊണ്ട് ഇങ്ങനെ വിബോ ഗതിതും ഭവാൻ അർഹതി ഗതിതും നിശംസം ഇങ്ങനെ പറയരുത് ഭഗവാന് അവിടുന്ന് വേറെ ആരും ഗതിയില്ല എന്ന് ഗോപസ്ത്രീകൾ ഭഗവാനെ മടക്കി അവർക്ക് അറിവുണ്ടായിന്ന് മനസ്സിലായി ആരാണോ അങ്ങനെ അറിഞ്ഞിരിക്കണത് ത്വമേവ മാതാജ പിതാജ ബന്ധുഹു എല്ലാം അവിടെ നിന്നാണെന്ന് ആരും അവൻ അറിയേണ്ടത് അറിഞ്ഞിരിക്കണോന്ന് അർത്ഥം അവന് ഭേദബുദ്ധി ഇല്ല ദ്വൈതബുദ്ധി ഇല്ല സർവവും ഭഗവാനാണ് അങ്ങനെ ശരണാഗതി ചെയ്ത ഗോപസ്ത്രീകളോടുകൂടെ ഭഗവാൻ രാസക്രീഡ ചെയ്തു രാസക്രീഡ ചെയ്തപ്പോ ചിലപ്പോഴൊക്കെ എന്താവും ഭക്തന് കുറച്ച് ഭക്തി വരുമ്പോ എനിക്ക് ഭക്തി വന്നു എന്നൊരു തോന്നലുണ്ടാവും ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടാതെ ഭഗവാന് എനിക്ക് വശപ്പെട്ടുവല്ലോ എന്ന് തോന്നി ആ തോന്നിയ ഗോപസ്ത്രീകളുടെ മുമ്പിൽ നിന്നും ഭഗവാൻ മറഞ്ഞുപോയി ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോ തപവിലോ ഗോപിജന കുറച്ച് കരഞ്ഞു അല്ലെ അതാണ് ജയതിത്തെധിഗന്മന്രജതയിശ്വതീ ദൈത ദൃശ്യത ദിക്ഷു തവകാ ധൃദാസവ റം വിചിൻവത്തെ ശരുദാശേ സാധുജാ സത്സരസിജ്യോതർ ശ്രീമൂഷാദൃശാം സുരതാഥദേ അശുൽക്കദാസിക്കാം വരദ നിഘ്നത്തോ നേഹകിംവദവാനെ ഇതരരാഗവിസ്മാരണം ജനാം അവര് പറഞ്ഞു ഭഗവാനെ അങ്ങയോടുള്ള രാഗമുണ്ടായപ്പോ ഇതരരാഗവിസ്മാരണം ഇതര വസ്തുക്കളോടുള്ള രാഗം വിട്ടുപോയി ആ ശ്ലോകം ചൊല്ലുമ്പോൾ വളരെ സൂക്ഷിക്കും ഇതരരാഗവി സ്മാരണം എന്നാമെന്ന് പറഞ്ഞ പോയി ഇതര രാഗവിസ്മാരണം ഇതര വസ്തുക്കളോടുള്ള രാഗം ഭഗവാനോടുള്ള രാഗം വന്നപ്പോ വിട്ടുപോയി ഭക്തിയെ ഭഗവാൻ ആസക്തി എന്ന് പറഞ്ഞ് മയ്യാസക്തമനാഹാപാർത്ഥ എന്ന് പറഞ്ഞു എന്നിൽ ആസക്തി ഉണ്ടാവുമ്പോൾ മറ്റു വസ്തുക്കളിലുള്ള ആസക്തി ഒക്കെ അപ്പൊ ഭഗവാനോട് രാഗം ഏർപ്പെടുമ്പോ ഇതരരാഗവിസ്മാരണം ഇതര വിഷയങ്ങളോടുള്ള രാഗം മുഴുവൻ വിട്ടുപോയി അവര് ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു ആ ഭക്തി ഏർപ്പെടുമ്പോ ബാക്കിയുള്ള വിഷയങ്ങളോടുള്ള ആസക്തി വിട്ടുപോയി അങ്ങനെ വിട്ടുപോയി അവര് ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഞങ്ങളുടെ മുമ്പിൽ വരണം ഭഗവാൻ താസാം ആവിരഭൂത് ശൌരിഹി സ്മയമാന മുഖാംബുജ പീതാംബരധരസ്രഗ്വി സാക്ഷാത് മന്മഥ മന്മഥ അട്ടുതരി അതേ വൃത്തത്തിനെ പിടിച്ചെടുത്തുതികം സമ്മതവൃത്തം ഉപദേശസാരോക കർത്തുര പ്രാപ്യത്തെ ഫലം കർമ്മിം പരം കർമ്മ അതേ വൃത്തം ഇവിടെ എടുത്തു തവ വിലോകന ഗോപിക ജന പ്രമദസുല അമൃതധാര സംവ സ്തം പുരോഗ അങ്ങനെ ഗോപസ്ത്രീകൾ ഭഗവാനെ മുമ്പിൽ കണ്ട് ഭഗവാന്റെ കൂടെ രാസം നടത്തി ദിവ്യമായ രാസോത്സവം നടന്നു പരമാത്മാവിനും ജീവാത്മാവിനും തമ്മിലുള്ള ബന്ധം ബ്രഹ്മാനുഭവം കാമത്തോടുകൂടെ ഭഗവാനോട് അടുത്തു കാമമാണെങ്കിലും ഭഗവാനിൽ അർപ്പിച്ചാൽ അത് പരമാത്മഭക്തി അത് പരമാത്മ അനുഭവമായിട്ട് തീർന്നു കേശപാശൃത പിഞ്ചികാവിതത്തി സഞ്ചലം മകരകുണ്ടലം ഒരു രണ്ട് മൂന്ന് ശ്ലോകം ചേർന്ന ഹരവനമാലിളിതൗരഭം പീതചൈലധൃതമുദംപുരം രാസകേി പരിഭൂഷിതം തവ ഹി രുപമീശകലയാമേ ഞ്ചുളീകുചമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതിമണ്ഡലേ ധപരിമണ്ഡലേ അന്തരാസകല സുന്ദരിയുഗള ഇന്ദിരമണ സംരൻ മഞ്ജുളം തദനുരാസേമ കംശനാഭസമുദാസുദേവതവഭാസമാനമിഹ രാസേളിരസസൗരഭം ദൂര ഖലു നാരദദിതമാകലയ്യകുതു കാ വേഷഭൂഷണവിലാസേ വിളസിശതമാവൃത ഗദോ യുഗപദ വിയതി ഭേഗദോതുരമണ്ഡലീ വേണുനൃതദാനഗഗതിയോജന ലോബനീയ മൃദുപാദ ക്വണിതകണം ചുഹുരം സലംബിതകരാംബുജം ശ്രോണിബിംബലദംബരം ഭജതരാസേളിരസംബരം സ്പ്പർയാ വിരചിതുഗാനമധുരസ്വരെ krita നർത്തേതലളിതമണിഭൂ സമ്മതനുഷ്പലുന്മിഷതം കൂലം ചിന്മയേ ിമാനമു വധൂകുലം സ്വിന്നു വരി തദു കിമ പശുപങ്ക സ്മത കിഭമുഗുളേക്ഷണിദാ ചകുന്തവീരസാര ഘന സൗരഭം വഞ്ചന തവ സഞ്ചുചുബുജ വഞ്ചിതോരുപുളകുരാ ുവിധായകുലകുണ്ടൂരനിതിരന്വവാസാമൃതം ഇന്ദിരാവിഹൃതി മന്തിര ഭജനസുന്ദരം ഹി നടനന്ത പ്യദുരംഗനക്കിമുന സമ്മതോന്മദദീശ വിരതം കണക്കിള വാദ്യമേളനമുരം ബ്രഹ്മസം മദരസാകുല സദസി കലം നൃതുരഞ്ജന ചീവി കുന്തളീമിച്ച് കുളീ അപ്പൊ കദംബം ദിവിളംബിതം കിപ്പരം ബ്രുവേ മോദീ നിഭുവനം വിളപ്പ വിഹൃതി സമാപ്യ തോ വിഭോ ൃദത നിർമ്മാംഗനവ ധർമ്മേശുഭാത്മന മന്മതഹന ചേതസം പശുപയോഷിതു ചോദിത തലിതമൂർത്തിരാദിതമാരവീരപരമോത്സവാ കെളിഭേദ പരിോളിതരതിലാളിതരാളിർ സ്വൈരമീശനു സൂരജാ വയസി ചാരൂണാമ വിഹൃതി വ്യധ കാനി ചിസരി ൂനസൗരഭമയേ വിലേസി വിസിശത വിമോഹനം കിതിാമീഷു ഖലു കാമനി ഭൻ പൂർണ്ണ സമ്മത സാർവം കമവിയോ ശര മുഖാനീഹ പശുപങ്കു ബഹുമാനയ ഭലോകമീയോമീയ കൃഷ്ണ പരിപാടി മാ ഭലോകമീയ കൃഷ്ണ പരിപാ ഭക്തലോകമനീയ കൃഷ്ണ പരിപാത രസാർണ്ണവം കമപി യോഗിഗമ്യമനുഭാവയൻ യോഗികൾ സമാധിയിൽ അനുഭവിക്കുന്ന രസാനുഭവത്തിനെ ഈ ഗോപസ്ത്രീകൾ ഭഗവാന്റെ സമ്പർക്കത്തിൽ അനുഭവിച്ചു ആകാശത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളൊക്കെ കുറച്ചു നേരത്തേക്ക് നിശ്ചലമായി നിന്നു ഋഷികൾ ആകാശത്തിൽ വന്നു പുഷ്പവൃഷ്ടി ചെയ്തു ഗാനമൊക്കെ നിലച്ചിട്ടും ഗാനമീശ വിരദം ക്രമേണ നാട്യ മേളനം ഉപാരതം വാദ്യമേളനം ഉപാരതം വാദ്യവും മേളവും ഒക്കെ നിന്നും നിലച്ചിട്ടും വാദ്യം വായിക്കുന്നവരും ഘോഷിക്കുന്നവരും ഒക്കെ നർത്തനമാണ് ബ്രഹ്മസമ്മത രസാകുലാഹ സദസി കേവലം നന്ദിത്തൊരങ്കനാഹ ആനന്ദർത്തനം ചെയ്തു അങ്ങനെ അവർക്ക് രാസാനുഭവം രസാനുഭവം ഭഗവാൻ കൊടുത്തു അവർക്ക് ഭഗവാൻ വാക്കുകൊടുത്ത പോലെ തന്നെ രസാനുഭവം കൊടുത്തു അങ്ങനെ രാസക്രീഡയോടെ നമ്മളിപ്പം നിർത്താം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം